വീണ്ടും അമൃത കഴിച്ച ദേവന്മാർക്ക് ശക്തിയും ഓജസ്സും തിരിച്ചു കിട്ടി അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്യണോ അസുരന്മാരെ കുറെ പേരെ മൃതസഞ്ജീവിനെ യുദ്ധുപയോഗിച്ച് ശുക്രാചാര്യ അവരെ പുനർജീവിപ്പിക്കുന്നു കാലം മുന്നോട്ടു പോയപ്പോ അസുരന്മാരെ വീണ്ടും ശക്തി പ്രാപിച്ച് ദേവന്മാരെ തോൽപ്പിച്ചു അങ്ങനെ ദേവലോകത്തിൽ നിന്നും ദേവന്മാരെയൊക്കെ തോൽപ്പിച്ചു ഓടിച്ചപ്പോൾ അതിഥി ദേവി അത്യന്തം ദുഃഖിതയായിട്ട് ഭ്രതാവി വരുത്തി എന്ന് പറഞ്ഞു എനിക്ക് അസുരന്മാരെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു പുത്രനെ വേണമെന്ന് പറഞ്ഞു ദേവി നിന്റെ അനിജൻ നിന്റെ സഹോദരിയുടെ പുത്രന്മാരല്ലേ അസുരന്മാരെ അവരോട് പോരടിക്കാൻ പാടു സ്നേഹത്തിൽ ജീവിക്കേണ്ടവരല്ലേ കാര്യമൊക്കെ ശരി തന്നെ പക്ഷെ സ്വർഗലോകം ദേവന്മാർക്ക് നഷ്ടപ്പെട്ടു അത് വീണ്ടെടുക്കണം അസുരന്മാർക്ക് അതിൽ അധികാരമില്ല അവരെന്തിനങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ ചോദിച്ച് ഏതായാലും ഭർത്താവ് ഒരു വ്രതം നോൽക്കാൻ പറയണോ ആ വ്രതമാണ് പയോവ്രതം എന്ന് പറയുന്ന വ്രതം പതിനൊന്ന് ദിവസം പാലും അതുപോലെ തന്നെ മറ്റ് പല പല പലഹാരങ്ങളോ ഭക്ഷണമോ കഴിക്കാതെ വ്രതം നോട്ട് മന്ത്രം ചൊല്ലിക്കൊണ്ട് ചില ചിത്രയോടുകൂടി വ്രതങ്ങൾ അനുഷ്ഠിച്ച് അങ്ങനെ ആ വ്രതമനുഷ്ഠിച്ചപ്പോൾ ഭഗവാൻ ശങ്കചക്ര കഥാധാരിയായിട്ട് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു ദേവി ഞാൻ അവതരിക്കുന്നുണ്ട് അങ്ങനെ ഈ രഹസ്യമാരോട് പറയേണ്ടെന്നെല്ലാം പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനാവുന്നു അങ്ങനെ ഭഗവാൻ ശിങ്ങമാസത്തിലെ തിരുവോണ നക്ഷത്രത്തിൽ ഭഗവാൻ അഭിജിത്ത് മുഹൂർത്തത്തിൽ ഒരു ഉച്ചയോടുകൂടിയിട്ട് ഭഗവാൻ അത ശുക്ലപക്ഷത്തിൽ ദേവിയുടെ ഗർഭത്തിൽ നിന്നും പ്രകടമാവുന്നു വാമനമൂർത്തിയായിട്ട് അങ്ങനെ ഭഗവാൻ വാമനാവതാരം എടുക്കുന്നു എന്ന് ഭാഗവതം പറയുന്ന സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം അങ്ങനെ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോ ആ കാലഘട്ടത്തിൽ അസുരചക്രവർത്തിയായിരുന്നു മഹാബലി അദ്ദേഹം വലിയൊരു യാഗം ചെയ്ത് ലോകം മുഴുവൻ പേരും പ്രശസ്തിയും നേടി വിശ്വജിത്ത് എന്ന യാഗത്തിലൂടെ ത്രിലോകങ്ങളും കീഴക്കിയെല്ലാം തന്റെ അധീനതയിൽ വെച്ചു ദേവന്മാരെയൊക്കെ തോൽപ്പിച്ച് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു സർവവും ഇപ്പോഴിതാ അസുരചക്ര അസുരഗുരുവായിരിക്കുന്ന ശുക്രാചാര്യ അനുഗ്രഹത്തോടുകൂടി നർമ്മദാ നദി തീരത്ത് നൂറാമത്തെ അശ്വത അശ്വമേധയാഗം പൂർത്തിയാക്കണം നൂറാമത്തെ അശ്വമേധയാഗം ആ യാഗഭൂമിയിൽ വെച്ച് അത് അദ്ദേഹം പൂർത്തിയാക്കിയാൽ ഇന്ദ്രന്റെ തുല്യനായി പിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല അങ്ങനെ വാമനമൂർത്തി അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ് ഇവിടെ അപ്പോഴേക്കും അവതരിച്ച സമയത്ത് വാമനമൂർത്തിക്ക് ബൃഹസ്പതി വന്ന് അരഞ്ഞാണം കിട്ടും അച്ഛൻ വന്നിട്ട് കൗബീനം ധരിപ്പിക്കും അമ്മ വന്നിട്ട് അമ്മ കുട്ടിക്ക് അച്ഛൻ പൂണൂല ധരിപ്പിക്കും അമ്മ കൗബീനം കൊടുക്കും അപ്പോഴേക്കും സരസ്വതി ദേവി ജപമാല കൊടുക്കും ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് കൊടുത്ത് ആ വാമനമൂർത്തിക്ക് ഒരു വടുവിന് വേണ്ട ഒരു ബ്രഹ്മചാരി കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഭഗവാൻ അവിടെ നിന്നും ഇറങ്ങിപ്പുറപ്പെട്ടു നന്മനാഥ തീ തീരത്തേക്ക് തേജസ്സാർന്ന കുട്ടിയെ കണ്ടപ്പോ മഹാബലിയും ശുക്ലാ സ്വീകരിച്ചു ഒരു മഹാപണ്ഡിതനാണെന്ന് തോന്നുന്നു ഇത്ര ചെറുപ്പത്തിലെ ഈ കുട്ടി തേജസ്സാർന്നിട്ടുണ്ട് ആ കുട്ടിയുടെ പാദങ്ങളൊക്കെ കഴുകി സ്വീകരിച്ചപ്പോ ചോദിച്ചു കുട്ടി ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ച പറഞ്ഞു എന്റെ പേര് കുറിയവനായതുകൊണ്ട് എല്ലാവരും വാവനൻ വാമനൻ വിളിക്കേണ്ടത് എനിക്കറിയില്ല എന്റെ പേരെന്താണ് പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തർ തന്ന സ്വന്തമായിട്ടൊന്നുമില്ല ഇങ്ങനെ നടക്കണു അതാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഒന്ന് എന്നിട്ട് പറഞ്ഞു ഞാനിവിടെ വന്നത് എന്താ വെച്ചാൽ അങ്ങയുടെ പിതൃ പിതാവിനെക്കുറിച്ചും പിതാവിന്റെ പിതാവ് പ്രഹ്ലാദനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അവരുടെയൊക്കെ മഹത്വമാർന്നൊരു ജീവിതത്തെക്കുറിച്ച് കേട്ടപ്പോ അങ്ങനെയുള്ള ഒരാളുടെ പൗത്രനും പുത്രനൊക്കെയാണല്ലോ അങ്ങ് ഒന്ന് കാണണമെന്നുള്ള മോഹം വേറൊന്നുമില്ല പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല പിന്നെ അങ്ങാണെങ്കിലോ ധാനസമ്പന്നൻ ആരെന്ത് ചോദിച്ചാലും കൊടുക്കാൻ ഉത്തമോത്തമനായിട്ടുള്ള ആള് ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നത് എന്താ കാര്യവും അതുകൊണ്ട് അങ്ങയെപ്പോലുള്ളൊരു മഹാത്മാവിനെയും ദർശിക്കുക പോവുക ഇത്രയും കഴിഞ്ഞ് വാമനമൂർത്തി തിരിഞ്ഞപ്പോഴേക്കും മഹാബലി പറഞ്ഞു അവിടുന്ന് എന്റെ അടുത്ത് വന്നിട്ട് ഒന്നും വാങ്ങിക്കാതെ പോകരുത് എന്നെ ഒരു ചക്രവർത്തിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോവേ അയ്യോ അപമാനിക്കരുത് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് മേടിക്കണമെന്ന് ഉടനെ ഭഗവാൻ പറഞ്ഞു എനിക്കൊന്നും ആവശ്യമില്ല മഹാബലി ഒന്നിന്റെ ആവശ്യമില്ല ഏയ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കുട്ടി എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണമെന്ന് ഓ അത്ര നിർബന്ധമാണെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യും എനിക്ക് വേണ്ടത് എന്താ ഈ ചെറിയ കാലുണ്ടല്ലോ കുഞ്ഞിക്കാല് അതിനൊരു മൂന്നടി മണ്ണ് ഇവിടെ ഒന്ന് ഒരു ഭാഗത്ത് ഇരുന്ന് ധ്യാനവും ജപമൊക്കെ ചെയ്യണം എന്നുണ്ട് സ്വന്തമായിട്ട് ഭൂമിയില്ലല്ലോ അവങ്ങനെ ഒരു ധ്യാനം കിട്ടിയ ഭൂമിയിലാവാം ഇത് കേട്ടപ്പോ മഹാബലി പൊട്ടിച്ചിരിച്ചുകൊണ്ട് വേറെ കഷ്ടം എന്റെ കുട്ടിയെ ചോദിക്കേണ്ടത് എന്താണെന്ന് പോലും അറിയില്ലല്ലോ ഇതാണോ ചോദിക്കേണ്ടത് എന്നെ പോലുള്ളൊരു ചക്രവർത്തിയോട് ചോദിക്കേണ്ട നൂറ് രാജ്യങ്ങൾ എഴുതി തരൂ ആയിരം ആനകളെ തരൂ കുതിരകളെ തരൂ ഒരു പത്തുനൂറ് കന്യകമാരെ കല്യാണം കഴിപ്പിച്ച് തരൂ എനിക്കുള്ള കാര്യങ്ങൾ സ്വർണം തരൂ അല്ലെങ്കിൽ അത് തരൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു സാധിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ലേ അങ്ങനെയുള്ള എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചല്ലോ കുട്ടി എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ആ മഹാബലിയോട് പറയാണ് എന്റെ മഹാബലി ആരാണോ മൂന്ന് അടി കൊണ്ട് തൃപ്തിപ്പെടാത്തത് അവന് മൂന്ന് ഭുവനം കിട്ടിയാലും തൃപ്തി വരാൻ പോകുന്നില്ലയാണ് ഭഗവാനായിട്ട് പറഞ്ഞതും മഹാബലിക്ക് ശരിക്കും കുറിക്കുകൊണ്ടു സത്യമല്ലേ ഈ പറയുന്നത് നമുക്കൊക്കെ എവിടെയെങ്കിലും തൃപ്തി എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ടുണ്ടോ തൃപ്തി ആയിരുന്നെങ്കിൽ വീട്ടിൽ പല സാധനങ്ങൾ ഒഴിവാക്കാമായിരുന്നു നമ്മൾ അലമാരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുക്കളയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ എവിടെ തൃപ്തിയായിട്ടുള്ളത് ഒരു തൃപ്തി നമുക്കിപ്പോഴും വന്നിട്ടില്ല ഇനിയും വല്ലതും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പറയേണ്ടത് ഇതും കൂടി അയാൾ തൃപ്തിയാവും തോന്നണമെന്ന് പിന്നെ അത് മേടിച്ചു വയ്ക്കുമ്പോൾ അടുത്ത ചിന്തയിപ്പോ ഇത് ആർക്ക് കൊടുത്താലാ നമുക്ക് തൃപ്തി വരിക എന്ന് അത് വീട്ടിൽ സ്ഥലം മുടങ്ങി അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കാൻ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നത് അവസാനം നോക്കുമ്പോൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടുന്ന നമുക്ക് കടന്നുറങ്ങാൻ സ്ഥലമില്ല രാത്രി ആവുന്ന കൊണ്ട് പോകുന്ന എവിടെയെങ്കിലും ചുരുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ സാധനങ്ങൾ നിറച്ച് നിറച്ച് എന്നിട്ട് തൃപ്തി വരുന്നില്ല ഇനി എന്തെങ്കിലും കാണുമ്പോൾ എക്സിബിഷനൊക്കെ പോയാൽ നമ്മുടെ മനസ്സാകെ കുഴപ്പത്തില ഏതാ ഇനി മേടിക്കേണ്ടത് എന്താ ഇനി മേടിക്കേണ്ടത് എന്താ അത് മേടിക്കേണ്ടത് മനസ്സെങ്ങനെ ആ നാട് മുഴുവൻ വാങ്ങിച്ചുകൊണ്ടുവന്നാലോന്ന് ആഗ്രഹം കഴിഞ്ഞപ്പോ പക്ഷെ വീട്ടിൽ കൊള്ളില്ലല്ലോ എന്നുള്ളതാണ് പ്രശ്നം ഇങ്ങനെ നമ്മുടെ മനസ്സ് എത്ര കിട്ടിയാലും തൃപ്തിയാവില്ല അങ്ങനെ ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു നമുക്ക് ഇപ്രാവശ്യം ബോണസൊക്കെ വളരെ കുറവാ കമ്പനിയിൽ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ബോണസൊക്കെ കിട്ടിയാൽ നിന്നെയും കൊണ്ടൊന്ന് മൈസൂരിലൊക്കെ പോവാം അല്ലെങ്കിൽ നിനക്കൊരു കാഞ്ചീപുരം വാങ്ങിച്ചു തരാമെന്നൊക്കെ ഏതായാലും രണ്ടും കൂടി ഒരു കാര്യം ചെയ്യാം നമുക്ക് മൈസൂരിൽ പോവാം കാഞ്ചീപുരം ഒഴിവാക്കാമെന്ന് വിചാരിക്കാൻ ഉടനെ ഭാര്യ പറയണേ ശരിയാണ് അല്ലെങ്കിൽ ഏട്ടനപ്പം കാശ് വളരെ കുറവാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് കാഞ്ചീപുരം നമുക്ക് ഒഴിവാക്കാം സാരി പിന്നെ മേടിക്കാം നമുക്കൊരു കാര്യം മൈസൂരിൽ പോകാം പിന്നെ മൈസൂർ പോയ ഒരു ഗുണം എന്താ വെച്ചാൽ മൈസൂരിലാകുമ്പോൾ സാരി വില കുറച്ച് കിട്ടുകയും ചെയ്യുന്ന ഇപ്പോഴെ ആമോഹം പോവില്ല മനസ്സിൽ നിന്ന് അതെന്തായാലും ഉള്ളിലുണ്ടാവുമെന്ന് പറയണം ഇതാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ അപ്പോ ഇങ്ങനെ എന്ത് കിട്ടിയാലാ നമുക്ക് തൃപ്തിയായിട്ടുള്ളത് മനസ്സ് തൃപ്തിയായി എന്ന് പറയില്ലേ അതുകൊണ്ട് മഹാബലി മൂന്ന് അടി കൊണ്ട് ഞാൻ തൃപ്തനാണ് ഇത് കേട്ടതും മഹാബലിക്ക് ആ കുട്ടിയോട് അങ്ങേയറ്റം ആദരവ് വന്നു ഡിമാൻഡുകൾ കുറവ് അവർക്ക് കൊടുക്കാൻ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലേ രാവിലെ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ ഡിമാൻഡുകൾ കൂടുന്നുകൊണ്ടായിരിക്കും ആർക്കും നമുക്ക് തരാൻ തോന്നാത്തത് ഡിമാൻഡുകളില്ലെങ്കിൽ എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് മഹാബലിക്ക് അത്യന്തം മാതരവ് കുട്ടിയോട് ഉടനെ തന്നെ പൂവും അരിയും വെള്ളമെടുത്ത് സങ്കല്പമെടുത്ത് കൊടുക്കാൻ നിൽക്കുമ്പോൾ ശുക്രാചാര്യർ അപ്പോൾ എണീറ്റ് ഈ വന്നിരിക്കുന്ന കുട്ടി ഇത് സംഗതി കുട്ടിയൊന്നല്ല ഇത് ശരിക്കും ആ രൂപം കഴിഞ്ഞാൽ എന്റെ മഹാബലി നീ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് സാക്ഷാൽ വിഷ്ണു ഈ കുട്ടിയുടെ രൂപത്തിൽ നിന്നെ പറ്റിക്കാൻ വന്നിരിക്കുകയാണ് അറിയാതെ അഭിവേകൊന്നും ചെയ്തുകൊണ്ട നിന്റെ സർവസമ്പത്തും മൂന്ന് അടിയിലൊതുക്കാൻ സാധിക്കുന്ന ഭഗവാനാണ് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് സമ്പത്ത് മുഴുവൻ ദാനം ചെയ്യരുത് സമ്പത്ത് മുഴുവൻ ദാനം ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എത്ര വിധത്തിൽ സമ്പത്തിനെ ദാനം ചെയ്യണം എങ്ങനെ ദാനം ചെയ്യണം എന്നിവിടെ മഹാബലിക്ക് ശുക്രാചാര്യ പറഞ്ഞു കൊടുക്കുകയാണ് അഞ്ചായിട്ട് സമ്പത്തിനെ വിഭജിക്കണമെന്ന് എങ്ങനെയാണ് അഞ്ചായത്ത് വിഭജിക്കേണ്ടത് ധർമ്മായ ശസേർത്തായ കാമായ സ്വജനായ പഞ്ചതാ വിഭജൻ വിത്തം ഇഹാമുത്ര ആരാണോ ഇങ്ങനെ സമ്പത്തിനെ വിഭജിക്കുന്നത് അവർക്ക് ഇവിടെയും അടുത്ത ലോകത്തിലും ഒക്കെ പുണ്യം കിട്ടുന്ന ഒന്നെന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് അവനവന് വേണ്ടിയിട്ട് സമ്പത്തിനെ എടുത്തുവയ്ക്കണമെന്ന് അതിപ്പോൾ ഭാഗവതം പറയേണ്ട ഒട്ടും ആവശ്യമില്ല നമ്മൾ പണിയെടുത്തിട്ട് പണം ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കണമെന്ന് ഭാഗവതം പറഞ്ഞുണ്ടോ പിന്നെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണം അതിപ്പോ ഭാഗവതത്തിന്റെ ആവശ്യമില്ല നാളത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയാൻ ഭാഗവതത്തിന്റെ ആവശ്യമില്ല പിന്നെ ഭാഗവതം പറയുന്നു സ്വജനായ സ്വജനം എന്ന് പറഞ്ഞാല് പണ്ടുകാലത്ത് ഓരോ സംസ്കാരങ്ങളും നിലനിന്നത് ഓരോ കുടുംബ വ്യവസ്ഥകളിലൂടെയാണ് ഇപ്പൊ കുടുംബ ഉത്സവങ്ങളുണ്ടാവും അതുപോലെ ശ്രാദ്ധാദി കർമ്മങ്ങളുണ്ടാവും അല്ലെങ്കിൽ കുടുംബങ്ങളിൽ മറ്റു കാര്യങ്ങളുണ്ടാവും ഇതെല്ലാവരും ഒന്നിച്ച് സമ്പത്ത് ചെലവഴിച്ച് ആഘോഷിക്കുമ്പോൾ അതിനൊരു എല്ലാ കൂട്ടുകെട്ടും ഒരു ഐക്യവും ഒക്കെ കുടുംബങ്ങളിലുണ്ടാവും എന്ന് നമ്മുടെ പൂർവികന്മാർ മനസ്സിലാക്കി അത് ഭാരതത്തിന്റെ ഒരു വലിയൊരു വിജയം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ലോക്കൽ വിജയം ഇതൊക്കെ ഉത്സവങ്ങളൊക്കെ ഓരോ ഗ്രാമങ്ങളിൽ ഇപ്പൊ നാട്ടുകാരുടെ മുഴുവൻ ഒരു ഐക്യം ആ നാടിനോടും അവിടുത്തെ മണ്ണിനോടും എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ഇന്ന് നേരെ വിപരീതമായിപ്പോയത് ഇന്ന് നാട്ടുകാർക്ക് നാടിനോടല്ല എ പടക്കത്തോട് ആനയോടായി പോയി പണം അതിനു വേണ്ടിയിട്ടായിപ്പോയി ചെലവഴിക്കുന്നത് ആ ഉദ്ദേശം അവർക്ക് നഷ്ടം അവര് ഉദ്ദേശുദ്ധി നിന്ന് അവർ മാറിപ്പോയിന്ന് പറയണം പിന്നെ അഞ്ചാമത്തതാണ് അവനവന് യശസ്സുണ്ടാവാൻ അല്ലെങ്കിൽ അവനവന് ധർമ്മമുണ്ടാവാൻ സമ്പത്തിനെ നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കണം എന്ന് പറയുന്നത് അപ്പൊ നല്ല രീതിയിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരിലും നന്മ നിറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോകം ഒരിക്കലും താളം തെറ്റി പോവില്ല പലപ്പോഴും നമുക്കത് മനസ്സിലാവില്ല പല ആളുകളും ഇക്കാര്യത്തിൽ ലുബ്ധി കാണിക്കും വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ അനാവശ്യമായി പണം ചെലവഴിക്കും പക്ഷെ നല്ല കാര്യങ്ങൾക്കൊന്നും പണം ചെലവഴിക്കില്ല അതിന് പിശുക്ക് കാണിക്കും നമ്മൾ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെ നല്ല ഉത്കൃഷ്ട കർമ്മങ്ങൾ കാണുന്നുണ്ടോ ഭാഗവതാദി സപ്താഹങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ കാണുന്നുണ്ടോ ആളുകൾ പണം സമ്പത്ത് ചെലവഴിക്കാൻ ലുബ്ധിക്കരുതെന്നാണ് കാരണം അതെല്ലാവർക്കും നന്മ നിറയ്ക്കും അതെല്ലാവർക്കും ഐശ്വര്യമുണ്ടാക്കും എല്ലാവർക്കും അത് ശ്രേയസിനെ വരുത്തും അങ്ങനെയുള്ളതിൽ നമ്മുടെ പണം ചെലവഴിക്കാൻ സാധിച്ചാൽ പണം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ലക്ഷ്മിക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കും ലക്ഷ്മിക്ക് നമ്മളെ ശമിക്കാനും സാധിക്കും ഒരു സ്ത്രീയിൽ അനുഗ്രഹശക്തിയുണ്ട് നിഗ്രഹശക്തി ഉണ്ട് എന്നാണ് പണം നമ്മൾ നല്ല രീതിയിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ അനുഗ്രഹിക്കും പണം നമ്മൾ വേണ്ടാത്ത രീതിയിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതേ പണം നമുക്ക് ശാപമുണ്ടാക്കും ഏതൊരു ഏതൊന്നാണ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകുന്നതെന്ന് നമ്മളോട് ചോദിക്കണമെന്നാണ് രാജാര്യൻ പറയും എത്ര പണം നമ്മൾ സമ്പാദിച്ച് പെട്ടിയിൽ വെച്ചാലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലും ആ പണമൊക്കെ ബാങ്കിൽ തന്നെ അല്ലെങ്കിൽ പെട്ടിയിൽ തന്നെ കടക്കും ധനാനികേ പശവശ ഗോഷ്ടേ ഭാര്യാഗൃഹദ്വരി സ്വജനം ശ്മശാനേ ദേഹസ്ചിതായ പരലോകമാർക്കേ ധർമാനുഭവതി ജീവ വളരെ മനോഹരമായിട്ട് ഒരു ആചാര്യൻ പറയും ദേ നോക്കൂ നിങ്ങൾ എത്ര സമ്പാദ്യം വെച്ചോ അതെല്ലാം പെട്ടിയിലോ ബാങ്കിലോ ഡെപ്പോസിറ്റ് അവിടെ കിടക്കും കൂടെ വരുമോ ഇല്ല എന്ന് പറയാണ് ഇനി കൊണ്ടുപോകുമ്പം തന്നെ അവിടുന്ന് അഴിച്ചെടുത്തിട്ടേ കൊണ്ടുപോകുള്ളൂ പറഞ്ഞല്ലേ നെഞ്ചത്തടിച്ച് കരയുന്ന സമയത്ത് അയ്യോ അച്ഛൻ പോയല്ലോ ഇനി കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ടോ ഭാര്യാഗ്രഹദ്വാരി ഭാര്യഗ്രഹത്തിന്റെ ദ്വാരം വരെ വരുന്ന വെച്ചാൽ വാതിൽപ്പടി വരെ വരും മക്കളൊക്കെയാണെങ്കിലോ ബന്ധുക്കളൊക്കെയാണെങ്കിലോ അവര് ശ്മശാനേ അങ്ങോട്ട് കൊണ്ടുവരാൻ പോവും കാരണം ഏറ്റണ്ട ആരെങ്കിലൊക്കെ അതുവരെ കൊണ്ടുപോകും നമ്മളേന്ന് പറയാം അത് കഴിഞ്ഞാലോ ദേഹസ്ഥിതായാം ഈ പോളിഷ് ചെയ്ത് പേസ്റ്റ് തേച്ച് ഇങ്ങനെയൊക്കെ മിനുക്കിക്കൊണ്ട് നടന്ന ഈ ശരീരം അത് ഒരു വിലയില്ലാത്ത മുളയുടെയും അതുപോലെ വിറകിന്റെയും മുകളിൽ വെച്ച് ഒരു കാലഘട്ടത്തിലൊക്കെ ചന്ദനത്തടിയിലൊക്കെ ദഹിപ്പിക്കേണ്ടായിരുന്നു ഇപ്പോ ചകിരിയും ചാരട്ടിയും കിട്ടിയ ഭാഗ്യം ഇനി കുറേ കൂടി കഴിഞ്ഞാൽ ഗ്യാസിൽ കത്തിക്കൂ അറിയില്ല ഏതായാലും അങ്ങോട്ടൊക്കെ ലോകം പോയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടാതിരിക്കുകയാണ് എന്തെങ്കിലും വെച്ചിട്ടൊക്കെ കത്തിക്കുക ലാസ്റ്റ് നിവൃത്തിയില്ലല്ലോ അങ്ങനെ ഒരു വിലയില്ലാത്ത വസ്തുക്കളുടെ കൂട്ടത്തിലിട്ട് ഇതിനെ കത്തിക്കും ദേഹ ഈ മനസ്സ് ശരീരം വിട്ടുപോകുമ്പോ എന്താ കൊണ്ടുപോവുക ർമാനുഗോ ഗതി ജീവയേക ഇവിടെ നാം ചെയ്തിരിക്കുന്ന ധർമ്മം ധാർമ്മികമായ കർമ്മങ്ങളൊക്കെ നമ്മളെ കൂടെ വിടാതെ കൂടെ വരുന്നവരെയാണ് മുന്നോട്ട് നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് ഒരു പ്രൊപ്പല്ലായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നവരെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മഹാബലി ധർമ്മം പണം ചെലവഴിക്കൂ എന്നൊക്കെ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ അങ്ങ് മഹാബലി പറഞ്ഞില്ലേ ഓണലി തരാമെന്നൊക്കെ ചിലയിടത്തൊക്കെ ചിലരോട് നുണ പറഞ്ഞു എന്ന് വെച്ചിട്ട് വലിയ അബദ്ധമാവില്ല എന്ന് പറയുന്നത് അപ്പൊ ആരോടൊക്കെ ആ നുണ പറഞ്ഞാൽ അബദ്ധമാവാത്തത് സ്ത്രീ സ്ത്രീകളോട് ചിലപ്പോൾ പറഞ്ഞു വെച്ചിട്ട് അബദ്ധാവില്ല അല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പൊ പിറന്നാളാണ് അല്ലെങ്കിൽ ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ പിന്നെ മാരേജ് എന്താണ് ആനിവേഴ്സറി ആണ് ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലൊക്കെ സാരിയൊക്കെ മേടിച്ചു സമയത്ത് ആ സാരിയുടെ വില അതുപോലെ പ്രിന്റ് ചെയ്തിട്ടെങ്കിൽ ചിലപ്പം വീട്ടിൽ കലഹം ഉണ്ടാവും രൂപയുടെ സാരി മേടിച്ചു കൊടുത്താൽ ഏത് വാരിക്കേഷൻ അപ്പൊ അതിൻ്റെ കൂടെ ഒരു ഒന്നൊക്കെ വരച്ചു എന്ന് വെച്ചാൽ അവർക്ക് വലിയ വിഷമം എന്ന് വെച്ചാൽ ഭാര്യയെ പറ്റിക്കണമെന്നാണോ പറയണമല്ല അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് തളർന്ന ദുർബല മനസ്സിനോട് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ വേഗം മനസ്സിലാവില്ല സ്ത്രീഷു നർമ്മവിവാഹേ ഒരു വിവാഹം നടക്കാൻ ചെറിയൊരു നുണ തട്ടി വിട്ടുവച്ചിട്ട് കുഴപ്പമില്ല നുണ പറയണമെന്ന് പറഞ്ഞില്ല തട്ടിവിട്ടുവെച്ചിട്ട് തെറ്റില്ലയാണ് എല്ലാ സത്യവും പറഞ്ഞാൽ ചിലപ്പോൾ കല്യാണം നടക്കില്ല അതുകൊണ്ട് ചെറിയൊരു നോണ പറഞ്ഞു വെച്ചിട്ട് തെറ്റില്ല ഏതായാലും നമ്മുടെ ബ്രോക്കർമാർക്ക് ശുക്രാചാര്യയുടെ വാക്കുകളൊക്കെ വളരെ വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട് പ്രിയാണ് ഓരോ നോണയൊക്കെ പറഞ്ഞിട്ട് കല്യാണം കൽപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ആ നിങ്ങളുടെ മരുമകനാകുമ്പോൾ പോകുന്ന ആള് പത്രത്തിലാ ജോലി നോക്കുന്നത് അവരന്വേഷണമൊക്കെ നടത്തി ഏറെക്കുറെ കല്യാണ നിശ്ചയം വരെ ഉറപ്പിച്ച് അപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അയാൾ പത്രത്തിൽ ജോലി നോക്കും വരെന്താ വിചാരിച്ച മാതൃഭൂമി പത്രത്തിലോ മനോരമ പത്രത്തിലെത്തിയ ജോലി നോക്കണമെന്നാണ് അപ്പം നോക്കുമ്പോൾ എന്താണ് എല്ലാ ഞായറാഴ്ചയും വല്ല ജോലി ഉണ്ടോ എന്നുള്ള പത്രത്തിൽ നോക്കുകയാണെന്ന് പാവം പറ്റിക്കുന്ന ആൾക്കാരുണ്ട് ഏതായാലും ഇങ്ങനെ നുണ പറഞ്ഞ് കല്യാണം കഴിച്ച് കൊടുത്താൽ അപകടമാണ് ഇങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രാണസങ്കട വൃത്യർത്ഥി ഗോബ്രാഹ്മണ രക്ഷാർത്ഥി ഇങ്ങനെയൊക്കെ ഒരു നോണ തട്ടിവിട്ടു എന്ന് വെച്ചിട്ട് വലിയ അബദ്ധ ആവില്ല എന്ന് പറഞ്ഞു നോണ പറയണമെന്ന് പറഞ്ഞില്ലേ അബദ്ധ ആവില്ല എന്നേ പറഞ്ഞോളൂ ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ആ മഹാബലി ശുക്ലാചാര്യോട് പറയാണ് അങ്ങ് എന്തു പറഞ്ഞാലും എന്റെ ശിരസ് പോയേക്കാം എന്റെ സർവ സാമ്രാജ്യം പോയേക്കാം എന്റെ ഐശ്വര്യങ്ങൾ പോയേക്കാം ഞാൻ നരകത്തിൽ ചെന്ന് പതിച്ചേക്കാം ഞാൻ സത്യം വിട വിട്ട് കളിയില്ല സത്യം ഒരിക്കലും ലംഘിക്കില്ല എന്ന് പറഞ്ഞപ്പോ ആ ശുക്രാചാര്യർ അവിടെ വെച്ച് ശപിച്ചു എന്നാണ് എങ്കിൽ നിന്റെ സർവ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചതും ഒരു കുലുക്കം മഹാബലിക്ക് പോയാലും കുഴപ്പമില്ല സത്യം വിടില്ല അത് ആ പറയുന്നു പൂവും മറ്റും കൊണ്ടുവരാൻ അരിയും കൊണ്ടുവന്ന് വെള്ളവും എടുത്ത് ആ കുട്ടിക്ക് കയ്യിൽ വെച്ചു കൊടുത്തു ഇതാ ഞാൻ സത്യസങ്കല്പം ചെയ്തിരിക്കണമെന്ന് ആ പൂവും അരിയും കൊടുത്തതും ആ വാമനമൂർത്തിയത ആകാശം മുട്ടി വളർന്ന് വികസിച്ച് തന്റെ വിശ്വരൂപത്തെ പരമഭക്തനായ മഹാബലിയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം ഒരു നിമിഷം മഹാബലി നോക്കുമ്പോൾ കാണുന്നു ലോകങ്ങൾ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാന്റെ വിശ്വരൂപം എല്ലാ ദിക്കുകളും എല്ലാ ലോകങ്ങളും അളന്നുകൊണ്ട് ഭഗവാന്റെ രണ്ടടി നിറഞ്ഞു നിൽക്കുന്നു ആ മഹാബലി അത്ഭുത സ്തനായി ഇടയിൽ ഭഗവാൻ ചോദിച്ചു ബലി എനിക്ക് മൂന്നാമത്തെ അടി കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എവിടെയാണ് സ്ഥലം എന്നുള്ളത് അപ്പോഴാണ് മഹാബലി നോക്കുന്നത് തന്റെ അടുത്ത് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ വേറെയും നിൽക്കുന്നുണ്ട് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഭഗവാന്റെ നോക്കി നിന്നപ്പോ ഭഗവാനെ എന്തായിട്ട് ചതിയല്ലേ ചെയ്തതെന്ന് ഭഗവാൻ മൂന്നാമത്തെ അടി തരുമെന്ന് അത് കേൾക്കുമ്പോഴേക്കും ഭഗവാൻ അടി കൊണ്ട് രണ്ട് എല്ലാ ലോകങ്ങളും അളന്നെടുത്തു എന്ന് കണ്ടതും അസുരന്മാരെല്ലാം യുദ്ധത്തിലായിട്ട് ഭഗവാന്റെ നേരെ വന്നപ്പോ ഉടനെ തന്നെ മഹാബലി പറയാണ് ഏ വിജിത്തെ രാഹോയേമേ നിങ്ങളാരും തൊട്ടുപോയരുത് ഭഗവാനെ ഭഗവാൻ എന്തെടുത്ത് വന്നിരിക്കുന്നത് എന്നിൽ നിന്ന് യാചിക്കാനാണ് ഞാൻ ഭഗവാനോടൊന്നും യാചിച്ചിട്ടില്ല ഒരു പക്ഷേ ഭഗവാൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്റെ മുന്നിൽ വന്ന് യാചിക്കുന്നത് ഭക്തന്റെ മുന്നിൽ ഭഗവാൻ യാചിക്കാൻ പോലും മടിക്കില്ലാണ് എന്നാലും തന്റെ ഭക്തനെ തന്റെ മുന്നിൽ യാചിക്കാൻ അനുവദിക്കില്ലയാണ് ഭക്തനാണോ അയാൾ യാചിക്കില്ല ഭക്തനല്ലേ അയാൾ മാത്രമേ യാചിക്കുള്ളൂ എന്നാണ് ഭക്തന്റെ മുന്നിൽ താൻ പോയിട്ട് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് ഉദ്ധവനോടും ഭഗവാൻ പറയും ഉദ്ധവനെ ഞാൻ എവിടെയാ കാണുക എവിടെയാ നടക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമിഹം നിത്യം പോയ ആരാണോ എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ പ്രേമം മാത്രം എന്നെ നിരന്തരം പ്രേമത്തോടുകൂടി സ്മരിച്ച് ഞാൻ കൊടുക്കുന്നതെല്ലാം സന്തോഷത്തോടെ സംതൃപ്തിയോട് സ്വീകരിച്ച് ജീവിതത്തിൽ തളരാതെ ഉണർന്നുകൊണ്ട് ജീവിക്കുന്നത് അങ്ങനെയുള്ള പരമഭക്തന്മാരുടെ പിന്നിൽ ഞാൻ നടക്കുമുത്തവരേതാണ് എന്തിനാ ഭഗവാനെ പിന്നിൽ നടക്കുന്നത് അവരുടെ കാലിലെ പൊടിയെടുത്ത് എന്നെ പരിശുദ്ധീകരിക്കാൻ വേണ്ടി നോക്കുക ഭക്തന്റെ പിന്നിൽ നടക്കുന്ന ഒരു ഭഗവാന്റെ ചിത്രം നമുക്ക് ഭാഗവതം കാണിച്ചു തരികയാണ് ഏതായാലും ഇപ്രകാരം പറഞ്ഞ് മഹാബലിയുടെ മൂന്നാമത്തെ അടി ചോദിച്ചോ മഹാബലി കളെ നിന്നപ്പോ ഭഗവാൻ ഗരുടനെ വരുത്തി കൊണ്ട് ഭഗവാൻ കെട്ടിയിട്ടു വേദനിപ്പിക്കുന്ന ഒരു പാശമാണത് അത്യന്തം വേദനയിൽ നിൽക്കുമ്പോഴും ഭാഗവതം പറയുന്നു കർമ്മണവാരുവ്യത അൽപ്പം പോലും മനസ്സിൽ ദുഃഖിക്കാതെ ചഞ്ചലമാവത് നിന്ന നിൽപ്പിൽ നിന്നുവെന്നാണ് ആ സമയത്ത് മഹാബലിയുടെ പിതാമഹനായ പ്രഹ്ലാദൻ അവിടെ വരുന്നു ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് തോന്നുകൊണ്ട് പറഞ്ഞു എത്ര കാരുണ്യമാണ് ഞങ്ങളുടെ കുലത്തോട് കാണിക്കുന്നത് എന്റെ പുത്രനെ അനുഗ്രഹിച്ചു ഇതാ ഇപ്പോ പൗത്രനായിരിക്കുന്ന പ്രഹ്ലാദനെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു ഭഗവാനെ ഞങ്ങൾ ഞങ്ങൾ അനുഗ്രഹീതരായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നാരായണ അഖിലലോകസാക്ഷിനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പ്രഹ്ലാദൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഭഗവാൻ മഹാബലിയോട് ചോദിക്കാണ്ട് മഹാബലി പറയൂ എവിടുത്തെ എന്റെ മൂന്നാമത്തെ അടി എവിടെയെന്ന് ആ സമയത്ത് മഹാബലി ഭഗവാന്റെ മുന്നിൽ ശിരസ് വിളിച്ചുകൊണ്ട് പറയുമോത്തമ ശ്ലോകം ഭഗവാനെ ഞാൻ അങ്ങിക്ക് തന്ന ഒരിക്കലും ലംഘിക്കില്ല മൂന്നാമത്തടി ഞാൻ തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി എന്ന് പറഞ്ഞ് തന്റെ ശിരസ് വിളിച്ച് ഭഗവാന്റെ കാലിൻ ചുവട്ടിൽ ആ മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ആ സമയത്ത് മഹാബലിയുടെയും ഭഗവാന്റെ അടുത്തേക്ക് ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു കഷ്ടം എന്റെ ഭഗവാനെ തന്നെയും തന്നെ സമർപ്പിച്ചിട്ട് ഇനിയും അയാൾ ആ വരുണഭാഷം കൊണ്ട് കെട്ടിയിടണോ വേദനിപ്പിക്കണോ എന്താ അയാൾ ഇത്രയൊക്കെ പാപം ചെയ്തത് എല്ലാം അങ്ങേക്ക് തന്നില്ലേ ആ സമയത്ത് ബ്രഹ്മാവിനോടായിട്ട് പറയുന്ന ചില ഭാഗങ്ങളുണ്ട് ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ ശ്രീ ഭഗവാനുവാച എന്ന് തുടങ്ങുന്ന ഭാഗം അതാണ് ഈ മഹാബലി ചരിതത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് ഭഗവാൻ പറയാണ് എന്റെ മഹാ ്രമാവേ ഈ മഹാബലിയുണ്ടല്ലോ വാസ്തവത്തിൽ എന്നെയാണ് തോൽപ്പിച്ചിരിക്കുന്നത് ഞാൻ അയാളെയല്ല തോൽപ്പിച്ചിരിക്കുന്നത് എന്റെ കടക്കാൻ പ്രയാസമായ അതിവർത്തിക്കാൻ പ്രയാസമായ മായയെ അയാൾ തോൽപ്പിച്ചിരിക്കുന്നു അജയ്ഷത് ഇജയാമായ അജയാമായ എന്റെ ജയിക്കാൻ പറ്റാത്ത മായെ സീതണ്ണവിന മുഖ്യത് ഞാൻ ദുഃഖിപ്പിച്ചിട്ടും അയാൾ കരഞ്ഞില്ല ഞാൻ അയാളെ തളർത്തിയിട്ടും കരഞ്ഞില്ല ഏതൊരു ഭക്തനാണോ എന്നിലേക്ക് തിരിയുന്നത് അവന്റെ സർവയശസ്സും ഞാൻ തട്ടിയെടുത്താലും അവൻ കരയില്ലാതാണ് അങ്ങനെയുള്ള ഒരു ഭക്തനാണ് മഹാബലി അതുകൊണ്ട് ആ മഹാബലി ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇന്ദ്രസേന മഹാരാജിബോദ്രമസുദേക്ഷിച്ചേ സർവദോഹം ത്വം സാനുഗം സമരീശ്വരം സദാ സന്നിഹിതം വീര മഹാബലി ഇന്ദ്രസേന ഹേ മഹാരാജൻ ഞാൻ അങ്ങെ അനുഗ്രഹിച്ചിരിക്കുന്നു അങ്ങക്ക് ഞാൻ സുഫലം എന്ന് പറയുന്ന ലോകത്തെ തന്നിരിക്കുന്നു ആ സുഫലം എങ്ങനെയുള്ളതാണ് സ്വർഗവിപ്രാർത്ഥ്യം സ്വർഗത്തിലുള്ളവർ പോലും പോവാൻ കൊതിക്കുന്ന അതിഗംഭീരമായ ലോകമാണത് അങ്ങോട്ടങ്ങ് പോയാലും രക്ഷിച്ചേ സർവദോഹം ഞാൻ എപ്പോഴും അങ്ങെ രക്ഷിക്കും അങ്ങേക്കെപ്പോഴും എന്നെ കാണാൻ സാധിക്കും അവിടെ ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നല്ല ഭാഗവതം പറയുന്നത് സുതലത്തിലേക്ക് ഉയർത്തി എന്ന് പറയാണ് ഇപ്രകാരം ഈ മഹാബലി ചരിതം പറയുന്നു എന്താണ് ഈ മഹാബലി ചരിതത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്റെ സർവസമ്പത്തും ഭഗവാൻ തട്ടിയെടുക്കുമ്പോഴും അല്പം പോലും ചഞ്ചലനാവാത്ത ഒരു ബലിയെ നമുക്ക് ഭാഗവതം കാണിച്ചു തരുന്നു പദയത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്തെന്തായിരുന്നു ഭഗവത് പ്രേമം തന്നെയായിരുന്നു സമ്പത്ത് പ്രിയന സത്യമായിരുന്നു സമ്പത്ത് സത്യം എന്ന് പറഞ്ഞാൽ തൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുന്ന തന്നെ താനാക്കി വെച്ചിരിക്കുന്ന ഭഗവത് ചൈതന്യം തന്നെ ആ സമ്പത്തിൽ മനസ്സ് വെച്ചതുകൊണ്ട് ബാക്കിയെല്ലാം ഭഗവാൻ തട്ടിയെടുത്തപ്പോഴും യാചിച്ച് ചോദിച്ചപ്പോഴും മഹാബലി കുലുങ്ങിയിലെന്നാണ് പറയുന്നത് ഒരു ഭക്തനെപ്പോഴും ആ തലത്തിലേക്ക് ഉയരണമെന്ന് ഭാഗവതം കാണിച്ചു മഹാബലി ചെയ്തവനാണ് മഹാബലി ബലി എന്ന് പറഞ്ഞാൽ പൊതുവെ അർത്ഥം അതിനെ കൊല്ലുക എന്നാണ് അങ്ങനെയാണല്ലോ ബലി ചെയ്യുക പറയുന്നത് എല്ലാ മതങ്ങളിലും ബലിയുണ്ടായിരുന്നു ഈ ബലി വളരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഹിന്ദുമതത്തിൽ നരബലി കുട്ടികളുണ്ടാവാൻ മനുഷ്യരെ ബലി കൊടുത്തിരുന്നു ഈ ഭാരതഭൂമിയിൽ അതുപോലെ കാര്യപ്രാപ്തിക്ക് വേണ്ടി ഇപ്പോഴും പല നാടുകളിലൊക്കെ ഈ ഭാരതത്തിൽ പല ആദിവാസികളുടെ ഇടയിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവാൻ കുട്ടികളെ പിടിച്ച് ബലി കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഒരു രണ്ട് മാസം മുമ്പ് ബോംബെയിലേത് ഒരു കോളനിയിൽ ഒരു കുട്ടിയെ പിടിച്ച് കൊടുത്തു ഒരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ഒരു കുട്ടിയെ പിടിച്ച് കഴുത്ത് കെട്ടിയിട്ട് ദേവിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവുന്ന പറയുന്നത് ആലോചിച്ചെത്ര തോന്നിവാസമാണെന്നുള്ളത് എങ്ങനെയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചില ആളുകൾ പറഞ്ഞു കൊടുക്കണം ആളുകൾക്ക് അതുകൊണ്ടാണല്ലോ എങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നത് ഏതായാലും ബലി എല്ലാ മതങ്ങളിലുമുണ്ട് ക്രിസ്തു മതത്തിലുണ്ട് ഇന്നിപ്പോൾ കാണാതെ എടപ്പള്ളിയിൽ കുറെ ബലി ചെയ്യണത് അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലുണ്ട് ബക്രീദ് എന്ന് പറഞ്ഞാൽ തന്നെ ബലിയാണ് ബക്രീദ് എന്ന് പറഞ്ഞാൽ ആടുകളെ വെട്ടുന്ന ദിവസമാണ് അന്ന് ഒരു ലക്ഷം ആടുകളെയാണ് ലോകത്തിൽ വെട്ടിക്കില്ല ഇതാണ് ബക്രീദ് എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ദുഃഖ വെള്ളിയാഴ്ച സന്തോഷ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ആടുകൾക്ക് ദുഃഖമാണെന്ന് മൃഗങ്ങൾക്ക് കുറെ പന്നികളെ വെട്ടുന്ന ദിവസമാണെന്ന് ഇതൊക്കെയാണ് എല്ലാ മതങ്ങളിലും ഉള്ളത് ഈ ബലി എന്ന് പറയുമ്പോൾ മൃഗങ്ങളെ ബലി കൊടുക്കലാണ് ബലി എന്ന് എങ്ങനെയോ നമ്മുടെ വിവേകമില്ലാത്ത മതപണ്ഡിതന്മാര് തെറ്റിദ്ധരിച്ചിരിക്കുന്നു മൃഗങ്ങളെ ബലി കൊടുത്താൽ ഈശ്വരൻ പ്രീതിപ്പെടും എന്ന് പറയുന്നത് അങ്ങേയറ്റം നോൺസെൻസാണ് അത് അവിവേകമാണ് ആടിനെ കഴുത്തിലിട്ട് സ്നേഹത്തിൻ്റെ പ്രവാചകനായ ജീസസിനെ പ്രീതിപ്പെടുത്താൻ കോഴിയെ വെട്ടിയാൽ ജീസസ് പ്രീതിപ്പെടും പറയുന്നത് അത് വൃത്തികേടാണത് അത് തോന്നിവാസാണിത് അതുപോലെ നമ്മുടെ ഈശ്വരന്മാരൊക്കെ മനുഷ്യന്മാരെ വെട്ടിക്കൊന്നൊരു ചരിത്രം നമ്മൾ കണ്ടിട്ടില്ല ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ഓരോ അവതാരവും അവതരിക്കുന്നത് പരിത്രാനായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനത്തായ സംഭവാമി യുഗേയുകയും ദുഷ്കൃതികളെയാണ് അവർ വെട്ടുന്നത് അല്ലാതെ ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നിട്ട് പീതിപ്പെടുന്ന ഒരു കാളിയുടെ ചിത്രം എവിടെയും നിങ്ങൾക്ക് കാണില്ല മൃഗങ്ങളെ വെട്ടിക്കൊന്ന് നോക്കൂ അങ്ങനെ ആയിരുന്നു എങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഈ കൊടുങ്ങല്ലൂരും മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ കോഴി ആടൊക്കെ വെട്ടിയിരുന്നു ഇപ്പോ ഗവൺമെന്റ് നിരോധിച്ചു ഇപ്പോൾ അവിടെ ദേവി ഇല്ല പറയുന്നത് രക്തം കിട്ടാത്തത് ദേവി അവിടുന്ന് പോയി എന്നാണോ എത്രയോ കോഴി വെട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ ഇല്ലേ എത്രയോ ആടിനെ വെട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടേക്കപ്പം ദേവന്മാരില്ല എന്നാണോ പറയുന്നത് ഇപ്പോഴും അവിടെ ഈശ്വര ചൈതന്യം ഉണ്ട് കോഴി ഇല്ലാതെ നമ്മുടെ ദേവന്മാരിയ്ക്കല്ലോ ആടില്ലാതെ നമ്മുടെ ദേവന്മാരിയ്ക്കുമല്ലോ അപ്പൊ ഇതൊരു തോന്നിവാസമാണ് മനുഷ്യന്റെ കാമവും മനുഷ്യന്റെ ആർത്തിയുമാണ് മൃഗങ്ങളിലേക്ക് അവന്റെ ശ്രദ്ധ തിരിച്ചത് ബലി ചെയ്യേണ്ടത് അവനവന്റെ തെറ്റായ ചിന്തകളെയാണ് ബലി ചെയ്യേണ്ടത് തന്നിലുള്ള മൃഗീയ സംസ്കാരത്തെയാണ് ബലി ചെയ്യേണ്ടത് പവനവനിലിരിക്കുന്ന ഒരു മൃഗത്തിന്റെ സംസ്കാരത്തെ തിരിച്ചറിയാതെ പാവം ഒരു മൃഗത്തെ ബലി ചെയ്തിട്ട് അത് വരുത്തുന്നതാണെന്ന് പറയുകയാണെങ്കിൽ അതിന് തോന്നിവാസ എന്നാണ് പറയേണ്ടത് ഇപ്പൊ അടുത്ത കാലത്ത് സുനാമി വന്നപ്പോ ഇന്തോനേഷ്യൻ പ്രൈം മിനിസ്റ്റർക്ക് അവിടുത്തെ കുറേ മുസ്ലിം പണ്ഡിതന്മാര് അവരോട് ഒരു ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞു സുനാമി വരാൻ കാരണം ഈശ്വര കോപമാണ് അതുകൊണ്ട് പതിനായിരം ആടുകളെ ബലി കൊടുക്കണമെന്ന് അതിനാ മുസ്ലിം അദ്ദേഹം മുസ്ലിമാണ് ഇന്തോനേഷ്യൻ ഇന്തോനേഷ്യയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നടത്തുന്ന മുസ്ലിം കൺട്രിയാണിത് അതിനാ മുസ്ലിം പ്രധാനമന്ത്രി കൊടുത്ത മറുപടി ഒരു മാസം മുമ്പ് നിങ്ങളിതൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ വളരെ രസപരമായിരുന്നു അദ്ദേഹം പറയാണ് സുനാമിക്ക് കാരണം ഈശ്വരനാണെന്ന് ഞാൻ കരുതുന്നില്ല അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അങ്ങനെ പ്രകൃതിയുടെ പ്രതിഭാസത്തിന് പാവം മൃഗങ്ങളെ വെട്ടിക്കൊല്ലണമെന്ന് എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഈശ്വര കോപമാണ് സുനാമിക്ക് കാരണമെങ്കിൽ ഈശ്വരനെ കോപം വരുത്തിച്ചത് നിങ്ങളൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞവരോട് അത് പറയാനുള്ള കണ്ടവിടം കാണിക്കുന്ന എത്ര മന്ത്രിമാരുണ്ട് ഒരു പക്ഷേ ഉമ്മൻചാണ്ടിക്കായിരുന്നു എഴുതിയതെങ്കിൽ നാം വെട്ടിക്കോളി എന്ന് പറയുമായിരുന്നു അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ശരിയല്ല ചിന്തിക്കും ഞാൻ കളിയാക്കല്ല അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ പോലുള്ളവർ വേണം ഈ ഭാഗവതമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള അനാചാരങ്ങളിൽ നിന്നൊക്കെ മനുഷ്യ മനസ്സിനെ മാറ്റേണ്ടത് അപ്പോഴേ ലോകം നന്നാവുള്ളൂ പറയാണ് പാവം കോഴികളെ പിടിച്ച് ബലി കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആടിനെ വെട്ടിയതുകൊണ്ടോ ഈശ്വരൻ പ്രീതിപ്പെടുക എന്ന് പറയുന്നത് അതങ്ങേയറ്റം തെറ്റാണ് ഈശ്വരന്മാരെന്നും രക്തദാഹികളല്ല ഈശ്വരന്മാരെന്നും ആ ബലിയിൽ ആഗ്രഹിക്കുന്നവരല്ല നമ്മളെയൊക്കെ ഉയർത്താനാണ് ഈശ്വരന്റെ അവതാര ലക്ഷ്യം അല്ലാതെ പാവം മൃഗങ്ങളെ വെട്ടിക്കൊന്ന ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നത് എവിടെയും ഒരു മതത്തിലും ഒരാചാരനും പറഞ്ഞു വെച്ചിട്ടില്ല അത് ഇസ്ലാം മതത്തിലാവട്ടെ അത് ക്രിസ്തു മതത്തിലാവട്ടെ നമ്മുടെ നമ്മുടേത് പിന്നെ മതമല്ലാത്തതുകൊണ്ട് നമ്മുടെ ആചാര്യങ്ങൾ ആചാരന്മാർ ആചാര്യന്മാരാവട്ടെ ആചാരങ്ങളിലാവട്ടെ ഇതൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അപ്പൊ ബലി ചെയ്യണം ബലി ചെയ്യാന്ന് പറഞ്ഞാൽ നശിപ്പിക്കൽ തന്നെയാണ് സമർപ്പിക്കൽ തന്നെയാണ് എന്തിനെയാണ് സമർപ്പിക്കേണ്ടത് നമ്മളിലിരിക്കുന്ന മൃഗീയമായ സ്വാർത്ഥതയെ നശിപ്പിച്ച് സമർപ്പിച്ച് ഭഗവത് പ്രേമത്തിലേക്ക് മനസ്സിനെ ഉയർത്തുമ്പോഴാണ് സുതലം എന്ന തലങ്ങളിലേക്ക് നമ്മൾ ഉയരുന്നത് സുതലം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ തലം ദിവ്യമായ തലം ജീവിതത്തിൽ എപ്പോഴും ആനന്ദമുള്ള തലം എന്നൊക്കെയാണ് സുതലം സുതലം എന്നുള്ള സു എന്നുള്ള ശബ്ദത്തിനർത്ഥം സുഷ്ടുവ് ശ്രേഷ്ഠം എന്നാണ് ഉത്കൃഷ്ടമായ തലം ആനന്ദത്തിന്റെ തലം ജീവിതമെന്നും ആനന്ദമുള്ളതാക്കി ഉത്സാഹമുള്ളതാക്കി തീർക്കുന്ന തലം അതെപ്പോഴാണ് നമുക്ക് കിട്ടുക ഭഗവാനെ എപ്പോഴും കാണാൻ പറ്റുന്ന തലമാണ് സുതലം അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു നിനക്കെപ്പോഴും ബലി എന്നെ കാണാൻ സാധിക്കുന്നു ഇതൊക്കെയാണ് മഹാബലിയുടെ ചരിതത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് പറയാനും അങ്ങനെ നമ്മളെ പരിവർത്തനം വരുത്താൻ സാധിക്കണം ഏതായാലും അതിനുശേഷം പിന്നീട് ഭഗവാൻ മഹാബലി അനുഗ്രഹിച്ചു കൊണ്ടുപോകുന്നു അപ്പൊ ഈ അനുസ്മരണയിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഓണം ആഘോഷിക്കുമ്പോൾ തന്നെ ഈ തലങ്ങളിലേക്ക് ഉയർന്നൊരു മഹാബലിയാണ് നമ്മൾ ഓർക്കേണ്ടത് പ്രിയാണ് പൊതുവെ നമ്മുടെ കേരളത്തിൽ ഈ സാംസ്കാരിക നായകന്മാരൊക്കെ ഓണാഘോഷത്തിൽ പറയും മഹാബലി വളരെ കേമനായിരുന്നു അയാളെ ചതിക്കാൻ വന്നവനാണ് വാമനമൂർത്തി എന്ന് എന്നിട്ട് അയാളെ ചവിട്ടി താഴ്ത്തിയിന്ന് വാസ്തവത്തിൽ ഇതൊക്കെ വിവേകമില്ലാതെ വിവരമില്ലാതെ പറയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കോളേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോഴാണ് ഭാഗവതമൊക്കെ യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുത്താൽ മനസ്സിലാവില്ല അതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം തന്നെ വേണം ഒരു ആചാര്യ പരമ്പരകളിലൂടെയൊക്കെ കടന്നു വരണം അപ്പോഴേ നമുക്കതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ പൊരുളൊക്കെ പിടികിട്ടുള്ളൂ പറയണം അപ്പൊ ഭഗവാൻ വാമനമൂർത്തി വന്നത് താഴ്ത്താനല്ല മഹാബലിയുടെ മഹത്വം നമുക്ക് കാണിച്ചു തന്ന് ആ മഹാബലിയെ ഉയർത്തിയതുപോലെ നമ്മളെയും അത്തരത്തിൽ ഉയർത്താൻ ഭഗവാൻ അനുഗ്രഹിക്കുമെന്ന് പറയാൻ വേണ്ടി വന്നതാണ് വാമനമൂർത്തിയിൽ തന്റെ മാനത്തെ സമർപ്പിച്ചപ്പോ ഭഗവാനയാളെ അങ്ങേയറ്റം ബഹുമാനത്തിലേക്ക് എല്ലാവരാനും ആദരണീയമായ തലത്തിലേക്ക് ഉയർത്തി എന്ന് പറയുന്ന കഥയാണ് മഹാബലി ചരിതം എന്ന് പറയുന്നത് ഭഗവാൻ വാമനമൂർത്തി എന്ന് പറയുന്നത് മാനങ്ങളെ അതിക്വർത്തിച്ചുവെന്നർത്ഥം എല്ലാ സമയത്തും എല്ലാ കാലത്തും എന്നും ഒരുപോലെ ഇരിക്കുന്നവനാരോ അവൻ വാമന അങ്ങനെയുള്ള വാമനമൂർത്തിയിൽ തന്റെ മാനത്തെ സമർപ്പിച്ചു ആ മഹാബലി എന്നാണ് അപ്പൊ അദ്ദേഹം ഉയർന്നു ഇങ്ങനെ ഈ കഥ പറഞ്ഞതിനു ശേഷം പിന്നീട് അവസാനത്ത് വാഖ്യാനമാണ് മത്സ്യാവതാര കഥ സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവ് ദിവസവും തന്റെ സത്യനിഷ്ഠമായ ജീവിതം നയിക്കുന്നു കാളിന്തിയിൽ പോയി കയ്യിൽ വെള്ളമെടുത്ത് തർപ്പണാദികൾ ചെയ്ത് തിരിച്ച് കൊട്ടാരത്തിൽ വന്ന് തന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഒരു ദിവസം കയ്യിൽ വെള്ളമെടുത്തപ്പോൾ ഒരു മത്സ്യക്കുഞ്ഞ് തീർച്ചയായിട്ടും രാജാവ് വീണ്ടും അതിനെ വെള്ളത്തിലേക്കിട്ടപ്പോ മത്സ്യം രാജാവിനോട് പറയുകയാണ് രാജൻ എന്നെ വെള്ളത്തിലേക്കിടരുത് വലിയ മത്സ്യങ്ങൾ എന്നെ പിടിച്ച് ഒഴുകുന്നു അപ്പൊ രാജാവിന് പേടിയായി സാധാരണ വർത്തമാനം അറിയില്ലല്ലോ ഇതെന്താ വല്ല പ്രേതോ പൂതോ എന്താണെന്ന് അറിയില്ല രാജാവ് വീണ്ടും ആ മത്സ്യത്തെ എടുത്തപ്പോ രാജാവിന് ഇത്തിരി കാരുണ്യം തോന്നി എന്തോ രാജാവ് അങ്ങനെ കൂടുതൽ ചിന്തിച്ചില്ല നമ്മളായിരുന്നെങ്കിൽ അവിടെ എട്ട് പോരുന്നത് രാജാവ് അതിനെ പിടിച്ചിട്ട് കമ്മൺകല്ലൂലൊക്കെ പിടിച്ചിട്ട് തന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു കൊട്ടാരത്തിലെത്തിയപ്പോൾ നോക്കുമ്പോൾ കമണ്ഡലിലുള്ള മത്സ്യം വളർന്നിരിക്കുന്നു ഉടനെ സേവകന്മാരോടുള്ളൂ ഈ മത്സ്യത്തെ വലിയൊരു പാത്രത്തിൽ പിടിച്ചുടുക്കും രാജാവ് അത്ര ശ്രദ്ധിച്ചില്ല നോക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞ് ചെന്നപ്പോൾ സേവകന്മാർ രാജൻ വീണ്ടും മത്സ്യം വലുതായിരിക്കണം എന്നാൽ അതിനും വലിയ പാത്രത്തിലേക്ക് പിടിച്ചുടുവു കുറച്ചു കഴിഞ്ഞപ്പോൾ അതിലും വലുതായിരിക്കണം പിന്നെ കിണറ്റിൽ കൊണ്ടുപോയിട്ടു അപ്പോഴും വലുതായിരിക്കണം കുളത്തിൽ കൊണ്ടുപോയിട്ടു രാജാവ് ഒരു മത്സ്യഫാം തുടങ്ങിയില്ല ഇത്ര വലുതാവണിച്ചാൽ പിന്നെ ആൾക്കാർ ബിസിനസ്സിൽ മൈൻഡ് വരും എന്നാൽ പിന്നെ അതിനെങ്ങനെയോ പ്രയോജനപ്പെടുത്താമെന്ന് രാജാവ് ആ മത്സ്യത്തിൻ്റെ മുന്നിൽ വിനീതനായി കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു അവിടുന്ന് മത്സ്യമല്ല നടിയെന്ന് മനസ്സിലാവുന്നുണ്ട് ഒരു ദിവ്യരൂപമാണെന്ന് മനസ്സിലാവുന്നുണ്ട് ആരാണെന്ന് വെളിപ്പെടുത്തിയാലെന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ മത്സ്യത്തിലൂടെ ശങ്കചക്ര കഥാതാരിയിരിക്കുന്ന ഭഗവാന്റെ രൂപമാണ് അത് പ്രകടമായപ്പോൾ രാജാവ് മനസ്സുകൊണ്ട് സന്തോഷിച്ചു ഭഗവാനെ ഭഗവാനെ കയ്യിലെടുക്കാൻ സാധിക്കി ഇതൊരു വലിയ ഭാഗ്യം തന്നെയല്ലേ മത്സ്യരൂപത്തിലെങ്കിൽ എന്റെ കൈകളിലേക്ക് വന്നില്ലേ ഭഗവാൻ ആ അനുഗ്രഹീതമായ ആ മുഹൂർത്തങ്ങളെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പിയപ്പോ ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു ഞാൻ മത്സ്യരൂപം എടുത്തിരിക്കുന്നത് അങ്ങോടൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തൊട്ട് ഏഴാമത്തെ നാൾ പ്രളയം വരും എല്ലാം പ്രളയത്തിലേക്ക് പോവും വെള്ളത്തിലേക്ക് പോവും അങ്ങനെ എല്ലാ വിത്തുകളും ശേഖരിച്ച് തയ്യാറായി നിൽക്കണം അപ്പോൾ ഇവിടേക്ക് സപ്തർഷികൾ ഒരു തോണിയുമായിട്ട് വരും അതിൽ കയറിയിരിക്കണം അങ്ങനെ പ്രളയജലത്തിലൂടെ അങ്ങേ ഞാൻ വലിച്ചുകൊണ്ടുപോകും അത് കഴിഞ്ഞ് എനിക്ക് ഒരു അവതാരത്തിനൊരു ലക്ഷ്യം കൂടിയിട്ട് ബ്രഹ്മാവിന്റെ കൈകളിൽ നിന്ന് വേദങ്ങളെ അപഹരിച്ചു കൊണ്ടുപോയി ഒരു അസുരൻ ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരൻ അവനെ വധിച്ചുകൊണ്ട് വേദം വേണ്ടെടുത്ത് അങ്ങനെ അങ്ങയ്ക്ക് ജ്ഞാനോപദേശം തന്ന് അപ്പോഴേക്കും പ്രളയജലമൊക്കെ വറ്റി അങ്ങയ്ക്ക് തിരിച്ചു കൊട്ടാരത്തിലെത്താൻ പറ്റും അതുകൊണ്ട് കാത്തിരുന്നുള്ളൂ പറഞ്ഞ പ്രകാരം പിറ്റേ ദിവസമായപ്പോഴേക്കും ഭയങ്കര ഇടിയും മഴയും സുനാമി വരാൻ തുടങ്ങി ഇന്നിപ്പോൾ പ്രളയം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലേ സുനാമി എന്ന് പറയണം അങ്ങനെ അതുകൊണ്ട് വരാൻ തുടങ്ങി കടലിലെ വെള്ളം കയറി കയറി വരുന്നു രാജാവ് അപ്പോഴേക്കും വിത്തുകളൊക്കെ ശേഖരിച്ചു പ്രജകളൊക്കെ വെള്ളത്തിലേക്ക് ആണ്ടുപോകണു അതാ നോക്കുന്ന സമയത്ത് സപ്തർഷികളുമായി തോണി വരുന്നു രാജാവ് അതിലേക്ക് കയറിയിരിക്കുന്നു പിന്നീട് ഭഗവാൻ ഹയഗ്രീവനെ വധിച്ച് നോക്കുന്ന സമയത്തുണ്ട് എത്രയോ കിലോമീറ്ററുകളോളം നീളമുള്ള ഒരു പടുകൂറ്റൻ മത്സ്യം ആ മത്സ്യത്തിൻ്റെ കൊമ്പിൽ ഈ പാമ്പിനെ കെട്ടിയിട്ട് വാസുകി എന്ന് പറയുന്ന പാമ്പിനെ കെട്ടിയിട്ട് ഏഴ് ദിവസം കടലിലൂടെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അങ്ങനെ ഒരു ദിവസം ഭഗവാൻ ജ്ഞാനോപദേശം കൊടുത്ത് മത്സ്യാവതാരം പൂർത്തിയാക്കുന്നു ഇതാണ് ഈ കഥയിൽ പറയുന്നതെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ അവതാര കഥകളൊക്കെ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാം കാരണം വെച്ചാൽ ഏഴ് ദിവസം കടലിൻ്റെ മുകളിൽ കൂടെ ചുറ്റിയടിക്കുക മത്സ്യമായിട്ട് ഭഗവാൻ അവതരിച്ചിട്ട് ഒരാൾ മാത്രം രക്ഷപ്പെടുക ബാക്കിയെല്ലാവരും പോവാ എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി അവിശ്വസനീയമായിട്ടുള്ള കഥകളാണിതൊക്കെ അതുകൊണ്ട് തന്നെ ആ സ്ഥൂല കഥകളെ നമ്മൾ ഉൾ സ്വീകരിക്കാതെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാം മത്സ്യമെന്ന് പറയുന്നത് ജീവന്റെ ആദ്യത്തെ അവസ്ഥയാണ് ഇപ്പോൾ ബയോളജി പ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ബീജാണുക്കളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മത്സ്യരൂപത്തിലാണ് ബീജാണുക്കൾ അണ്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് അണ്ടവുമായി ചേരാൻ പ്രവേശിക്കുന്നത് അതിന് സിഗോട്ട് എന്ന് പറയും ഭാഷയിൽ ബയോളജിയിൽ അപ്പോൾ ഓരോ ജീവനും ഒരു മത്സ്യരൂപത്തിലാണ് അണ്ടത്തിലേക്ക് പോവാൻ ചേരാൻ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കണം ആ ബീജാണുവിനെ അണ്ടത്തിലേക്ക് കടക്കാനും അല്ലെങ്കിൽ അണ്ടവുമായി ചേരാൻ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കണം ഒരു വിത്തിൻ്റെ ഉള്ളിലുള്ള ജീവനെ ആ വിത്ത് പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കണം ഒരു മുട്ടയിലിരിക്കുന്ന ജീവന് ആ മുട്ടയുടെ തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് കാണാം ഓരോ ജീവന്റെയും ഉള്ളിൽ അടങ്ങാത്ത ഒരു ദാഹമുണ്ട് എനിക്ക് വളരണം വികസിക്കണം പൂർണ്ണത നേടണം അപ്പൊ ഞാനും നിങ്ങളൊക്കെ പൂർണ്ണതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ആ യാത്രയിലാണ് നമ്മളൊക്കെ അപ്പോ പൂർണ്ണതയാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകുന്നത് വളരണം വികസിക്കണം ഇന്ന് ഒരു ജീവനും ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് നശിക്കണം തളരണം അതപ്പതിക്കണം താഴോട്ട് പോകണമെന്ന് എല്ലാവർക്കും വളരണം ഒരു തെങ്ങിൻ തൈ നിങ്ങൾ നട്ടുകഴിഞ്ഞാൽ അതിന് ചുറ്റും വൃക്ഷങ്ങളുണ്ടെങ്കിൽ പോലും ആ തെങ്ങിൻ തൈ സൂര്യനെ നോക്കിക്കൊണ്ട് വളരാൻ തുടങ്ങും ഇല്ലേ സൂര്യന്റെ പ്രകാശം നോക്കിയിട്ട് അത് പോകാൻ തുടങ്ങും കാരണം അതിനുപോലും അറിയാം എനിക്ക് വളരണമെങ്കിൽ ഞാൻ വളഞ്ഞാലും ശരി തിരിഞ്ഞാലും ശരി എനിക്കിങ്ങനെ പോയേ പറ്റുള്ളൂ ഇതെല്ലാവരുടെ ഉള്ളിലും അടിസ്ഥാനപരമായിട്ടുള്ളതാണെന്ന് പറയേണ്ട നമുക്കത് ബോധ്യം വന്നത് ഒരിക്കലും ഒരു വീട്ടിൽ നിങ്ങൾ കുറച്ചുപേരിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കറങ്ങി പോകുന്നതിൻ്റെ ഇടയിൽ ഒരു വീട്ടിൽ ചെന്നു അപ്പൊ അവിടെ ചെന്നപ്പോ അവര് അമ്മ പലഹാരങ്ങളൊക്കെ കൊണ്ടുവച്ചു പഴം മഴതെന്നൊക്കെ പറഞ്ഞു ഓരോ സാധനങ്ങൾ കൊണ്ടുവച്ചപ്പോ അവര് കൂടെ വന്നവർക്ക് അങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അമ്മ ഇങ്ങനെ എന്താണ് ഒരാളിങ്ങനെ ലഡു എടുത്ത് പൊട്ടിക്കുമ്പോ അവിടെ ഒരു മൂന്ന് നാല് വയസ്സുള്ളൊരു കുട്ടിയുണ്ട് അവരിങ്ങനെ കൊതിയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവർ കഴിക്കുന്നതൊക്കെ വർത്തമാനം പറയുന്നതിന് ആരും ശ്രദ്ധിച്ചില്ല അപ്പൊ ആ കുട്ടി ഇങ്ങനെ ലഡുവിൻ്റെ ഒരു അങ്ങൾ ചോദിച്ചപ്പോഴേക്കും കുട്ടി അപ്പൂരം ലഡു വേണോ ചോദിച്ചപ്പോഴേക്കും അവങ്ങനെ കൈ നീട്ടാൻ അമ്മ കണ്ണുകൊണ്ടൊക്കെ കാണിക്കാൻ തുടങ്ങി നാണോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊതി കാണിക്കണം അവർ പോയാൽ കഴിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ അമ്മയുടെ കണ്ണിലൂടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ദാരിദ്ര്യം അങ്ങനൊക്കെ ഇങ്ങനെ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാവേണ്ട ഇവർ എന്താ പറയണമെന്നുള്ളത് ഏതായാലും അപ്പോഴേക്കും അവർ ഏ കുട്ടി വരും ഒരു അപ്പുവരും ഒരു ലഡു കഴിച്ചോളൂ ലഡു എടുത്തോളൂ ഏ അവന് വേണ്ട അവന് വയറസുഖല്ല അപ്പൊ അവന്റെ മുഖം കണ്ടപ്പോ അവന് വരുന്ന ഒരു കുഴപ്പമില്ല അമ്മയ്ക്കാണ് വരുന്ന സുഖം എന്നുള്ള രീതിയിൽ അവൻ നിൽക്കുന്നത് ഏയ് കുട്ടി വരും എന്നാണ് പറഞ്ഞപ്പോ അമ്മ ഇങ്ങനെ കാണിക്കുന്നത് ഈ പോയ എൻ്റെ അടുത്ത് നിന്ന് രണ്ടും കിട്ടും അവരുടെ ഇങ്ങനെ നാണം കാണിക്കരുത് ഇങ്ങനെ കൊതി കാണിക്കരുത് പോയി മാറി നിൽക്കണം ഒരു പോയിലൊക്കെ ശരിക്ക് തരാനുള്ള എന്തായാലും ആ കുട്ടി പോകുന്നില്ല കുട്ടിക്ക് എന്തായാലും ഒരു ലഡു കിട്ടണം ഉടനെ തന്നെ അമ്മ എന്ത് ചെയ്തു ഇവർ എടുത്തു കൊടുക്കുന്നതിന് മുമ്പ് ആ ലഡുവിന്റെ ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് ആ കുട്ടിക്ക് കൊടുത്തു കുട്ടി ഇങ്ങനെ നോക്കി അതിന്റെ മുകളിലേക്ക് എന്നിട്ട് ആ ലഡു താഴേക്കിട്ടിട്ട് കുട്ടി അവിടുന്ന് പോവുകയും ചെയ്തു കരയാനൊക്കെ തുടങ്ങി അപ്പോഴേക്കും ഈ കൂടെ അങ്കൾ എന്ത് ചെയ്തു ബാക്കിയുള്ള ലഡുവിനെടുത്തിട്ട് അങ്ങോട്ട് ഉരുട്ടി എന്നിട്ട് കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു തേ അപ്പുവിന് ഫുൾ ലഡു എന്ന് അത് ഭയങ്കര സന്തോഷമായി അപ്പൊ ആ ചെറിയ കുട്ടിയുടെ ഉള്ളിൽ പോലും ഉള്ളിൽ നിന്ന് വിളിച്ചു പറയേണ്ടത് എനിക്ക് ആഫ് വേണ്ട എനിക്ക് ഫുള്ളു വേണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല കുട്ടികളുടെ ഉള്ളിലൊക്കെ ഈ തരത്തിലുള്ള ചിന്തയുണ്ട് അപ്പൊ താനൊരു പകുതിയല്ല എന്നുള്ള ചിന്ത കുട്ടിയുടെ ഉള്ളിലുള്ളതുകൊണ്ടാണല്ലോ കുട്ടിക്ക് അത് പൂർണ്ണമായിട്ടുള്ള ലഡ് വേണമെന്നുള്ളത് നമ്മുടെയൊക്കെ ഉള്ളിൽ ആ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ട് പറയാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് അന്വേഷിക്കുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് കൂടെ ഭർത്താവുണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ ആളുണ്ടെങ്കിലൊക്കെ പൂർണ്ണതയും സുഖവുമുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല നമ്മളെപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു പൂർണ്ണ സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറക്കത്തിൽ മാത്രമാണെന്ന് ഉറക്കത്തിൽ നമ്മുടെ കൂടെ ആരുമില്ല എന്തിനേറെ കിടന്നുറങ്ങിയ കട്ടിലിനെക്കുറിച്ചുള്ള ഓർമ്മയില്ല ആ കൊതുക് കടിക്കുന്നോ ഉണ്ടോ ഇല്ലെന്നുള്ള അറിയുന്നില്ല കൊതുകിനെ കൊല്ലുന്ന ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല എന്നാലും ആ ഉറക്കത്തിൽ പൂർണ്ണ സുഖം നമ്മൾ അനുഭവിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ആ പൂർണ്ണ സുഖം നമുക്ക് കിട്ടിയത് നമ്മുടെ മനസ്സ് നമ്മളറിയാതെ നമ്മളിരിക്കുന്ന ഈശ്വര ചൈതന്യവുമായി ചേരുമ്പോഴാണ് ആ പൂർണ്ണ സുഖം കിട്ടിയതെങ്കിൽ ഞാനും നിങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ പൂർണ്ണ സുഖം ഉള്ളവരാണ് കാരണം നമ്മളൊക്കെ വന്നിരിക്കുന്നത് പൂർണ്ണ തത്വത്തിൽ നിന്നാണ് നമ്മുടെ ഉപനിഷത്തുക്കളും ആചാര്യന്മാരും യാതൊരു സംശയമന്യേ പറയുന്നത് ഉപനിഷത്തുകൾ പറയും പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുതച്ചത് പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത പൂർണ്ണതയിൽ നിന്നും വന്ന് പൂർണ്ണതയിലിരുന്ന് വീണ്ടും പൂർണ്ണതയിലേക്ക് പോവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു എവിടെ നിന്ന് കിട്ടും ആ പൂർണ്ണത പൂർണ്ണമായ ഈശ്വര ചൈതന്യത്തിലേക്ക് മനസ്സിനെ ഉയർത്തി ആർക്ക് ആ പ്രേമത്തിൽ ജീവിക്കാൻ സാധിക്കുമോ അവർക്കിവിടെ വച്ച് പൂർണ്ണ ഈശ്വര അനുഭൂതിയിൽ ജീവിക്കാൻ സാധിക്കും ഏവം പ്രസന്ന മനസ്സോ ഭഗവൽ തത്വ ഭഗവത് ഭക്തിയോഗത ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ വിദ്യദേ ഹൃദയഗ്രന്ഥി ചിഥ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യകർമാണി ദൃഷ്ടയേവാത്മനീശ്വരേ എന്നെല്ലാം രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞുവെച്ചതൊക്കെ ഈ ഭാഗങ്ങളിൽ പ്രസക്തമാണ് അപ്പൊ മത്സ്യം അത് വന്ന് അവസാനം സാഗരത്തിലെത്തി എന്ന് പറഞ്ഞാൽ സാഗരമെന്ന് പറയുന്നത് പ്രളയമെന്ന് പറയുന്നത് പൂർണ്ണതയാണ് ഇത്രയാണ് സാഗരം പൂർണ്ണതയുടെ പ്രതീകമായിട്ട് പറയും അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ പറയും ആപ്പൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തിയദ്വത് തദ്വത് കാമായും പ്രവിശന്തി സർവേ സശാന്തിമാപ്പുനോതി നാമകാമി എപ്രകാരമാണോ എല്ലാ പുഴകളും അവസാനം സാഗരത്തിലെത്തിച്ചേരുന്നത് നമ്മൾ ഓരോരുത്തരും ആ ഈശ്വര ചൈതന്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മളും പൂർണ്ണരായി തീർന്നു എന്ന് പറയണം പ്രേമത്തോടുകൂടി ഈശ്വര സ്മരണയിൽ ജീവിക്കുന്നവർക്ക് ഇവിടെ വച്ച് പൂർണ്ണമായ ഈശ്വരാനുഭൂതി കിട്ടും എന്ന് ഈ മത്സ്യാവതാര കഥയിലൂടെ പറയുന്നു അതെന്ത് വേണം ഉള്ളിലിരിക്കുന്ന ഹയഗ്രീവനെ തട്ടണം അരണി ഹയഗ്രീവൻ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെയാണ് ഹയഗ്രീവൻ എന്ന് പറയാ അഹങ്കാരം പറയുകയാണ് സുഖം പുറത്താണ് സുഖം ആളുകളിലാണുള്ളത് സുഖം മറ്റുള്ളവർ കൂടെയുള്ളപ്പോഴാണെന്ന് ആ അഹങ്കാരത്തെ തട്ടിയിട്ട് പറയണം സുഖം പുറത്തായിരുന്നു എങ്കിൽ ഉറക്കത്തിൽ നിനക്ക് എവിടുന്ന് സുഖം കിട്ടി അതെവിടുന്നാണ് നീ അനുഭവിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ അഹങ്കാരത്തിന് പോലും നിലനിൽപ്പുണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പൊ പറയും അത് നമ്മുടെ കൂടെ ഉള്ളതായിരുന്നു നമ്മളിൽ തന്നെ ഉള്ളതായിരുന്നു എന്നാണ് അങ്ങനെ മനസ്സിനെ നമ്മളിൽ തന്നെ നമ്മുടെ സ്വരൂപമായിട്ടിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഈ ഭാഗം നമ്മളെ പ്രേരിപ്പിക്കുന്നു അപ്പോ നമ്മൾ ഓരോരുത്തരും പൂർണ്ണ ഈശ്വര സ്വരൂപന്മാരായി തീരുമെന്ന് പറഞ്ഞ് മത്സ്യാവതാരകഥയും ഉപസമരിപ്പിച്ചതിനു പിന്നീട് നവമാസ്കന്ധത്തിലേക്ക് ഇറക്കുകയാണ് ഈ നവമസ്കന്ധം ഇന്ന് പറയാൻ തുടങ്ങിയാൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ തീരില്ല അത്രയും കഥകളാണ് അതിൻ്റെ അകത്തുള്ളത് അതാകെയുള്ളത് ഇരുപത് മിനിറ്റേ ഉള്ളൂ എന്താ നമ്മൾ എവിടെയാ പറയുക എവിടെയും പറയാൻ പറ്റില്ല എന്നാലും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ തൊട്ടു വയ്ക്കാം നമുക്ക് ആദ്യം തന്നെ സ്വയംഭൂവ മനുവിന്റെ കഥയിലേക്ക് കടന്നുകൊണ്ട് വീണ്ടും കടന്നുകൊണ്ട് പറയുകയാണ് അങ്ങനെ സ്വയംഭൂവ മനുവിന് പുത്രന്മാരില്ലാതിരുന്നൊരു കാലം അങ്ങനെ സ്വയംഭൂവ മനു തന്റെ പരമഗുരുവായ വസിഷ്ഠനെ വിളിച്ചുകൊണ്ട് മനു പറഞ്ഞു ഒരു പുത്രനെ വേണമെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ശ്രദ്ധാദേവി അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പുത്രന് വേണമെന്ന് ഉറപ്പവും ശരി ഞാൻ യാഗം ചെയ്യ പുത്രന്മാരല്ലെങ്കിൽ പുത്രകാമേഷി യാഗം ചെയ്ത് പായസം വരുത്തി ഭാര്യയ്ക്ക് കൊടുത്ത ഗർഭിണിയാവും എന്ന് പായസം വരും കുട്ടികളുണ്ടാവുമെന്നറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പുത്രകാമേഷ്ടി യാഗമൊക്കെ ചെയ്ത് പുത്രനെ വരുത്തിയാണ് ആ മന്ത്രം ചൊല്ലുന്ന സമയത്ത് ഭാര്യ ചെന്ന് ചോദിച്ചു എന്ത് മന്ത്ര നിങ്ങൾ ചൊല്ലുന്നത് അപ്പൊ പറഞ്ഞു ആൺകുട്ടി വേണമെന്ന രാജാവ് പറഞ്ഞു അപ്പൊ ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ആൺകുട്ടി വരുള്ളൂ പെൺകുട്ടി വരില്ല ആൺകുട്ടി വേണമെന്നുള്ള മന്ത്രം ചൊല്ലാനാ പറഞ്ഞത് ഉടനെ ഭാര്യ പറഞ്ഞു എനിക്ക് ആൺകുട്ടി വേണ്ട പെൺകുട്ടി മതിയെന്ന് സംസ്കൃതത്തിലാണിനെ പെണ്ണാക്കാൻ വലിയ പ്രയാസമില്ല പുത്ര എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലാണ് പുത്ര നീട്ടി പിടിച്ചാൽ പെണ്ണായി അപ്പോ അങ്ങനെ ആണിനെ പെണ്ണാക്കാൻ അവർക്ക് മന്ത്രം ചൊല്ലി അവർ പെണ്ണാക്കി പായസം വന്നു ഭാര്യ പായസം കഴിച്ചു പ്രസവിച്ചു പെൺകുട്ടി പെൺകുട്ടിയെയും കൊണ്ട് രാജാവിന്റെ എടുത്ത് ചെന്നപ്പോ വല്ലാത്ത സങ്കടായി രാജാവ് പറഞ്ഞു എനിക്ക് ആൺകുട്ടിയായിരുന്നല്ലോ വേണ്ടത് ഇല്ലെങ്കിലെ പെൺകുട്ടിയായി തീർന്നത് ഉടനെ ഗുരുവിനെ വരുത്തിയിട്ട് പറഞ്ഞു ഇക്കണക്കിനാഴ്ച ഇനി മന്ത്രം ചൊല്ലണ്ട നിങ്ങളെന്ന് അതെന്താ രാജെന്ന് വെച്ചു കുട്ടി ആൺകുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് മന്ത്രം ചൊല്ലി പെൺകുട്ടി നാളെ എനിക്ക് ദീർഘായസം ഉണ്ടാവണം നിങ്ങൾ മന്ത്രം ചൊല്ലി ശരീരം ജഡമായി തീരുള്ളോ എന്ന് കാരണം നിങ്ങളുടെ മന്ത്രങ്ങളൊക്കെ ആ തരത്തിലേക്കാണ് വശിഷ്ഠർക്ക് വല്ലാത്ത ദുഃഖം എന്തങ്ങനെ സംഭവിച്ചതെന്ന് അദ്ദേഹം കണ്ണടച്ച് ധ്യാനം ചെയ്തു എന്താ എവിടെ അപകടം പറ്റിയെന്ന് അപ്പൊ നോക്കുമ്പോൾ തന്റെ ശിഷ്യം പറ്റിച്ചാൽ പറ്റിക്കല ഇവൻ പുത്ര ചൊല്ലേണ്ടതിന് വരെ പുത്ര നീട്ടിച്ചൊല്ലി അതാ കുഴപ്പമുണ്ടായത് അവനെ വിളിച്ചു തന്നോട് ആരോട് മന്ത്രം മാറ്റാൻ പറഞ്ഞത് അപ്പൊ ഞാനല്ല സാർ മാറ്റിയതെന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നത് പറഞ്ഞു പുത്രി മതി എന്ന അപ്പം ഞാൻ മന്ത്രം നീട്ടിച്ചൊല്ലി ഉടനെ രാജാവിനോട് പറഞ്ഞു ഞങ്ങളല്ല കുഴപ്പക്കാർ അങ്ങയുടെ ഭാര്യ കുഴപ്പമുണ്ടാക്കിയിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞാൽ ശരിയാവുന്നു ഉടനെ രാജാവ് പറഞ്ഞു എനിക്കതൊന്നും അറിയേണ്ട പുത്രന് വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങയോട് പറഞ്ഞത് എനിക്ക് പുത്രൻ തന്നെ വേണമെന്ന് അങ്ങനെ വസിഷ്ഠർക്ക് അതിനുള്ളൊരു കഴിവുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഓപ്പറേഷനൊക്കെ വേണം രാജ വസിഷ്ഠൻ തൻ്റെ യോഗശക്തി കൊണ്ട് ആ പുത്രിയെ പുത്രനാക്കി കൊടുത്തു അങ്ങനെ പ്രതിവിപ്നെന്ന് പേരും കൊടുത്തു നോക്കണേ അയാളുടെ ഒരു തലയിലെഴുത്ത് പെണ്ണായിട്ട് ജനിച്ച് ആണായിട്ട് മാറി അങ്ങനെ സോറി സുദ്ധിപ്നൻ എന്ന പേരും കിട്ടി പേരൊക്കെ ഇട്ട് അങ്ങനെ ഇളാ ആദ്യത്തെ പേര് പിന്നീട് സുദ്ധിപ്നൻ എന്നുള്ള പേരൊക്കെ ആള് വളർന്ന് പത്ത് പതിനാറ് പതിനേഴ് വയസ്സായി ഒരു ദിവസം മന്ത്രിമാരുടെ കൂടെ കാട്ടിൽ മൃഗയാവിനോദത്തിന് പോയി അങ്ങനെ മൃഗാവിനോദം ചെയ്ത് ചെയ്ത് ചെയ്ത് പ്രത്യേക ഏരിയയിലേക്ക് കടന്നപ്പോ ആ ഒരു നിമിഷം പോയവരും കുതിരകളൊക്കെ പെണ്ണുങ്ങളായി തീർന്നു നോക്കുമ്പോ ശരീരത്തിൽ ചുരിദാറൊക്കെയാണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയത് ഇതെങ്ങനെ ഞാൻ പെണ്ണായി തീർന്നു അത്ഭുതമായി അങ്ങനെ ആ ഒരു നിമിഷം അവിടേക്ക് സോമന്റെ പുത്രൻ ബുധൻ വന്നു സോമൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എടപ്പള്ളിയുള്ള സോമനല്ല സാക്ഷാൽ സോമദേവൻ തന്നെ അദ്ദേഹത്തിന്റെ പുത്രൻ ബുധൻ കടന്നു വന്നു ബുധൻ ഇവിടെക്ക് ഇഷ്ടപ്പെട്ടു അവർ രണ്ടുപേരും അനുരക്തരായി വിവാഹം കഴിച്ചു അപ്പൊ ഞാനൊരു ആണായിരുന്നൊക്കെയുള്ള കാര്യമൊക്കെ മറന്നുപോയി അതിൽ ഒരു പുത്രനുണ്ടായി പുരൂരവസ് എന്നുള്ള പുത്രൻ പുത്രൻ ഉണ്ടായതിന് ശേഷം തലയിൽ ബോധം വന്നത് ഞാൻ ആണായിരുന്നു നോക്കുള്ളത് ഉടനെ വസിഷ്ഠരെ മനസ്സുകൊണ്ട് സ്മരിച്ചു വസിഷ്ഠരെ അവിടെ എത്തിച്ചേർന്നു വസിഷ്ഠരോട് പറഞ്ഞു എന്താ നോക്കൂ ഞാൻ പെണ്ണായിട്ട് ജനിച്ചു പിന്നെ നിങ്ങൾ ആണാക്കിയപ്പോൾ ഞാൻ വീണ്ടും പെണ്ണായിരിക്കുന്നു എന്താ ഇങ്ങനെ സംഭവിച്ചത് ഉടനെ വസിഷ്ഠർ ഭഗവാൻ ശിവനെ സ്മരിച്ചുകൊണ്ട് നോക്കിയപ്പോൾ കണ്ടു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ മൃഗയാവിനോദത്തിന് തെരഞ്ഞെടുത്ത ഒരു അപകടമാണെന്ന് അതെന്ത് പറ്റി ആ സ്ഥലത്ത് കണ്ട് പരമശിവനും പാർവതിയും ദേവി ഇങ്ങനെ അനിരക്തരായിട്ട് അവരിങ്ങനെ കാമപീഡിതരായിട്ട് ഇരിക്കുകയായിരുന്നു അത്രേ ആ സമയത്ത് പാർവതി ദേവിയുടെ ശരീരത്തിൽ വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് സപ്തർഷികൾ കടന്നു വന്നത് അവർക്ക് ദേവിയുടെ അവസ്ഥ കണ്ടപ്പോൾ തോന്നി ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് അവർ തിരിച്ചുപോയി എന്നാണ് ആ ഒരു സമയം ദേവി ഭർത്താവായ പരമശിവനോട് പറഞ്ഞു ഇനി ആര് ഈ പ്രദേശത്തേക്ക് വരുന്നു അവരൊക്കെ പെണ്ണുങ്ങളായി തീരട്ടെ അങ്ങനൊരു ശാപം ആ സ്ഥലത്തിന് കൊടുത്തു എന്നാണ് ഭർത്താവ് പിന്നെ പാർവതി ദേവി പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല നിങ്ങളിപ്പോ ആ സ്ഥലത്തേക്കാണ് കടന്നത് അതുകൊണ്ടാണ് പെണ്ണുങ്ങളായി തീർന്നത് അല്ല ഇനിയിപ്പോ അവിടുന്ന് പുറത്തു കിടന്ന ആണുങ്ങളാവോ അതൊട്ടില്ലതാനും അവിടെ ഏത് രൂപത്തിൽ അങ്ങോട്ട് ചെന്നോ അവിടെ എത്തിയാൽ ഏത് രൂപമായോ പിന്നെ ആ രൂപം തന്നെ അങ്ങനെയാണ് പെണ്ണുങ്ങളായി തീർന്നത് ഏതാൽ ആ സ്ഥലം എവിടെയാണ് ഭാഗവത്തിൽ എഴുതി വെച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒഴിവാക്കായിരുന്നു സ്ഥലം ഏതായാലും ഉപ്രഹാരം പറഞ്ഞ അല്ല അങ്ങയുടെ യോഗ എനിക്കിപ്പോൾ ചോദ്യം അങ്ങയുടെ യോഗശക്തിക്കാണോ ശക്തിയുള്ളത് അതോ പരമശിവൻ കൊടുത്ത വരത്തിനാണോ ശക്തിയുള്ളതെന്ന് ഗുരുവിനല്ലേ ശക്തിയുള്ളതെന്ന് വസിഷ്ഠരാകെ കൺഫ്യൂഷനായി ഏതായാലും വസിഷ്ഠർ പരമശിവനെ സ്മരിച്ചു ഭഗവാൻ അവിടെ എത്തിച്ചേർന്നു പറഞ്ഞു അങ്ങയുടെ വരം അതും നടക്കണം എന്റെ വരവും നടക്കണം ഞാൻ ഇയാളെ ആൺകുട്ടിയാക്കിയതാണ് ഇപ്പൊ അങ്ങ് ഇയാളെ വീണ്ടും പെൺകുട്ടിയായിരിക്കണം അതുകൊണ്ട് ഇയാളെ വീണ്ടും ആൺകുട്ടിയാക്കാൻ ഒരു കൃപ കാണിക്കണമെന്ന് ഇയാളുടെ അച്ഛന് കൊടുത്ത വാഗ്ദാനമാണ് അത് മാറാൻ പറ്റില്ല ഉടനെ പരമശിവൻ പറഞ്ഞു പാർവതീദേവിക്ക് കൊടുത്ത പ്രതിജ്ഞ ഞാൻ ലംഘിക്കില്ല ഒരു കാര്യം ചെയ്യും ഒരളവ് കൊടുക്കുക ഇയാൾക്ക് എന്താ ഒരു മാസം ഇയാൾ ആണാവട്ടെ ഒരു മാസം ഇയാൾ പെണ്ണാവട്ടെ അപ്പൊ ഒരു മാസം ഇയാൾ ആണായിരിക്കുമ്പോൾ രാജാവിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു റൗണ്ടൊക്കെ ചുറ്റും പിന്നെ ഒരു മാസം ഇയാളെ കാണില്ല പ്രഥകളൊക്കെ പോയി നോക്കും കൊട്ടാരത്തിൽ നോക്കുമ്പോൾ എന്താ ചുരിദാറെടുത്തിൻ്റെ ഭാഗത്ത് ആൾ നടക്കണോ ആളുകൾ കളിയാക്കാൻ തുടങ്ങി ഒരു മാസമാണോ ഒരു മാസം പെണ്ണോ നാണോ ഇല്ലാത്ത രാജാവ് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അവസാനം ഇദ്ദേഹം അവിടെ നിന്നും പുരൂരവസ്ഥരെ രാജ്യമേൽപ്പിച്ചുകൊണ്ട് കാട്ടിലേക്ക് തപസിന് പോയി എന്ന് കഥ പറയുകയാണ് തഥ പ്രതിഷ്ഠാന പതിപ്രഭു പുരൂരവസ്ഥ ഉത്സൃജ്യ ഗാം പുത്രായ ഘതൂവനം അങ്ങനെ അവിടെ നിന്നും കാട്ടിലേക്ക് പോയി എന്താ ഇങ്ങനെയൊക്കെ ഒരു കഥ ഭാഗവതം പറയുന്നത് ആണും പെണ്ണു ആയ കഥ പിന്നെ ആണും പെണ്ണു അല്ലാത്തൊരു ഈ കഥ കൊണ്ടൊക്കെ ഭാഗവതം എന്താ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെയൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഏത് മനുഷ്യനായാലും ശരി അവൻ്റെ ഉള്ളിൽ കാമനകളൊക്കെ ഉണ്ടായിരിക്കും ആണായാലും ശരി പെണ്ണായാലും ശരി ഒരേ മനസ്സുകൊണ്ട് ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരമെടുത്തവനാണ് പുരൂര ഈ സുദ്ധ്യനൻ എന്ന് പറയുന്ന കുട്ടി അങ്ങനെ രണ്ട് ശരീരങ്ങളിലൂടെയും അനുഭവങ്ങൾ അനുഭവിച്ചിട്ടും അവസാനം തന്റെ മനസ്സിന് ശരീരങ്ങളിലൂടെ തൃപ്തി എന്ന ബോധ്യം വന്ന് കാട്ടിലേക്ക് തപസ് ചെയ്യാൻ പോയി എന്നാണ് കഥ ഏത് ശരീരത്തിനും നമ്മളെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല കാരണം ശരീരം പ്രകൃതിയുടെ ഭാഗമാണ് ഏത് ഇന്ദ്രിയങ്ങൾക്കും ഒരു പരിധിവരെ നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റും ഏതൊരു സാധനം നിങ്ങൾ അമിതമായി കഴിച്ചു നോക്കൂ നാവ് പറയും ഇനി പറ്റില്ല കേട്ടോ പായസം ശരിയാണ് ചക്കപ്പായസമായാലും ശരിയാണ് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ കഴിക്കാൻ പറ്റും പോട്ടെ അഞ്ച് ഗ്ലാസ് കഴിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് അഞ്ച് ഗ്ലാസ്സൊക്കെ കഴിച്ചാൽ അപ്പം ബോധമൊക്കെ ഇവിടെ വീഴും അയാളൊക്കെ പിന്നെ അനസ്ഥീശ കൊടുക്കാറ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായി അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ നാവിന് ഒരു പരിധി കഴിഞ്ഞാലില്ലല്ലോ മടുത്തു പോകും അതേ സാധനം മടുത്തു പോകും പിന്നെ നമുക്ക് വേണ്ട തോന്നിപ്പോവും ഇതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് വിചാരിക്കും അല്ലെങ്കിൽ സീരിയലാണെന്ന് വിചാരിക്കും ഒരേ സീരിയൽ തന്നെ ഒരു ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അവർ കാണിക്കണമേരിക്കുക പിന്നെ നിങ്ങൾ പ്രതിജ്ഞ ഈശ്വര ഞാൻ ടി കാണില്ല എന്ന് നിങ്ങൾ ആലോചിച്ചോക്കും ഏത് ഭക്ഷണമായാലും ഏത് വസ്തുവായാലും റിപ്പീറ്റേഷൻ വന്ന് കഴിഞ്ഞാൽ മടുത്തു പോവും നിങ്ങൾക്ക് സപ്താഹത്തിന് ഇനി അങ്ങനെ ഒരു സപ്താഹം നമ്മൾ നടത്തുക എന്ന് മൂന്ന് നേരവും ഇറ്റ്ലി അത് ഏഴ് ദിവസവും പിന്നെ നടത്തുന്നവർ കൂടുതലും ഉണ്ടാവില്ല രാവിലെ ഇഡ്ലി ഉച്ചയ്ക്ക് ഇറ്റ്ലി വൈകുന്നേരം ഇഡ്ലി പിറ്റേ രാവിലെ ഇഡ്ലി വൈകുന്നേരം ഇറ്റ്ലി എല്ലാ സമയത്തും ഇഡ്ലി ആയി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല ഇവ നമുക്ക് മടുക്കാത്തത് എന്താന്ന് ഓരോ നേരം വ്യത്യസ്ത പലഹാരങ്ങൾ വരുന്നുണ്ട് ഇന്ന് നാളെ ഇട്ടലിയാകുമ്പോൾ തന്നെ മനസ്സറിയോ ഒന്നലേ ഇട്ടില്ലായിരുന്നല്ലോ ഒന്നും ഒപ്പുമാവായ കുഴപ്പമില്ല എന്തെങ്കിലും ഒരു വൈവിധ്യം വേണമെന്ന് പറയണം ഇതാണ് മനസ്സിന്റെ പ്രത്യേകത അപ്പൊ മനസ്സ് എത്രയെത്ര ഏതൊക്കെ ശരീരത്തിലൂടെ അനുഭവങ്ങൾ അനുഭവിച്ചാലും എന്നേവരെ ആരും പറഞ്ഞിട്ടില്ല എനിക്ക് തൃപ്തി വന്നിട്ടുണ്ടെന്ന് ലോകം എത്രയോ കീഴടക്കിയ ചക്രവർത്തിമാരുണ്ട് ഹിറ്റ്ലർമാരുണ്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് തൃപ്തിയായിട്ടുണ്ടെന്ന് ജീവിതത്തിൽ സംതൃപ്തി കൈവരിക്കാൻ ഒരറ്റ മാർഗയുള്ളൂ അതെന്താണ് ഈശ്വര പ്രേമം തന്നെ കാരണം തൃപ്തി ഇരിക്കുന്നത് മനസ്സിലല്ല തൃപ്തി ഇരിക്കുന്നത് ഭഗവാനിലാണെന്ന് മറന്നു പോകരുത് ആവർത്തിക്കട്ടെ സുഖം സന്തോഷം ആനന്ദം സംതൃപ്തി ഇതൊക്കെ ഇരിക്കുന്നത് ഭഗവാനിലാണെങ്കിൽ ആ ഭഗവത് പ്രേമത്തിലൂടെ മാത്രമേ ഇതെല്ലാം നിത്യനിരന്തരം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ ഭാഗം ഉപസംഹരിപ്പിക്കുന്നു പിന്നീട് പുരൂരമസിന്റെ വംശം ആ കഥയാണ് ആരംഭിക്കുന്നത് അതിനുശേഷം പിന്നീട് ഇവിടെ മറ്റൊരു കഥ പറയുകയാണ് ആ മനോജന്റെ മറ്റൊരു പുത്രനായിരുന്നു പ്രഷദ്ധ്രൻ എന്ന് പറയുന്ന ആൾ പ്രഷധ്രൻ അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ ഒരു ദിവസം ഗുരുകുലത്തില് അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു പണ്ടുകാലത്ത് കുട്ടികളായിരിക്കുമ്പോൾ ഗുരുകുലത്തിലേക്ക് പറഞ്ഞയക്കും ഗുരു അദ്ദേഹത്തിനെ പശുവിനെ നോക്കാൻ കാവലേൽപ്പിച്ചു അങ്ങനെ പശുവിനെ രാത്രി കാവൽ നോക്കണം പുലികളോ വല്ല സിംഹങ്ങളോ ഒക്കെ വരുന്നതൊക്കെ നോക്കിയിരിക്കണം ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ കാവൽ നിൽക്കുമ്പോൾ ഒരു പുലി എങ്ങനെയോ തൊഴുത്തിൽ കയറിക്കൂടി അതേതോ ഒരു പശുവിനെ കടന്നു പിടിച്ച് അക്രമിക്കുന്ന ശബ്ദം കേട്ടപ്പോ ഈ പ്രഷദ്രൻ ഓടി തൊഴുത്തിൽ ചെന്നപ്പോ കാണുന്ന കാഴ്ച ഒരു പുലി ഒരു പശുവിനെ കടന്നു പിടിച്ചതാണ് എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആ ഞോങ്ങി ഒരൊറ്റ വെട്ടുകൊടുത്തു കൈ കൊണ്ട് ആ പുലി കരയുന്നത് കേട്ടു പശുവും കരയുന്നത് കേട്ടു എന്തായാലും പുലി ചത്തു എന്ന് വിചാരിച്ച് തിരിച്ചു വന്നു പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് പോയി നോക്കിയപ്പോൾ കാണുന്നത് പശുവിന്റെ തല വെട്ടിക്കിടക്കുന്നുണ്ട് ആ പുലിയുടെ വാലിന്റെ ഒരു കഷ്ണമുണ്ട് പുലിക്ക് വെട്ടുകൊണ്ടിട്ടില്ല ഇത് കണ്ടപ്പോ ശപിച്ചു ഗുരുനാഥൻ നെയ്യൊരു ശൂദ്രനായി ജനിക്കട്ടെ എന്ന് അവനൊരു രാജാവിന്റെ ജന്മം കിട്ടണ്ട രാജാവിന്റെ ജന്മം കിട്ടിയിട്ടും ശൂദ്രനായിട്ട് ജനിക്കട്ടെ എന്ന് ശാപം കിട്ടിയപ്പോ ആ കുട്ടി കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയില്ല നേരെ ഒരു ഗുരുനാഥനെ അന്വേഷിച്ച് പോയിക്കൊണ്ട് അവിടെ വെച്ചിട്ട് ഭാഗവ ഭാഗവതം പറയുന്നു ഏവം വൃത്തോവനം ഗൃഷ്ടമുത്തിതം തേനോപയുക്തകരണോ ബ്രഹ്മപാപരം മുനി ഇപ്രകാരം വാസുദേവേ ഭഗവതി സർവാത്മനി വരേമനേ ഏകാന്തിത്വം ഗതോപത്യാ സർവഭൂതസുഖസമ വിമുക്തസംഗസാന്ത്മാ സംയതാക്ഷേ സംയാക്ഷോ പരിഗ്രഹ യർച്ചയോപന്നേന കൽപ്പയൻ വൃത്യുമാത്മന ആത്മന്യാത്മാനമാതായ ജ്ഞാനദത്വ സമാത വിജയാരമഹീമേതാം ജടാതിരാകൃതി ഇപ്രകാരം ജീവിതത്തിൽ ഭഗവാൻ വാസുദേവനെ തന്നെ ഭജിച്ചുകൊണ്ട് പ്രേമത്തോടെ സ്മരിച്ചുകൊണ്ട് അങ്ങനെ ആ രാജാവിന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഭഗവത് പ്രാപ്തി നേടി അതുകൊണ്ട് ഗുരുവിന്റെ ശാപം ഫലിച്ചില്ല പ്രിയൻ ശാപത്തെ പോലും അതിവർത്തിക്കാൻ ഭഗവത് ഭക്തി കൊണ്ട് സാധിക്കും ആ ഭക്തിക്ക് അത്രയും ശക്തിയുണ്ട് പ്രിയാണ് നോക്കൂ നീ ശൂദ്രനായിട്ട് ജനിക്കട്ടെ എന്ന് ഗുരു ശപിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവത് പ്രാപ്തി കുട്ടി നേടിയെന്നാണ് അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അറിയാതെ തന്റെ കയ്യിൽ നിന്ന് പോയ പാപം ആ പാപത്തിനുമായുള്ള തൊടാൻ സാധിച്ചില്ല ഗുരുവിന്റെ ശാപത്തിനും തന്നെ തൊടാൻ സാധിച്ചില്ല ഇതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് മീ എത്ര പാപം ചെയ്തവരിൽ പാപം ചെയ്തവനാവട്ടെ അൽപ്പം ഭക്തിയിലേക്ക് നിനക്ക് ഉയരാൻ സാധിച്ചാൽ പിന്നെ ഒരു പാപത്തിനും നിന്നെ തൊടാൻ പോലും സാധ്യമല്ല ജന്മാന്തരം ചെയ്തിരിക്കുന്ന പാപങ്ങൾക്ക് പോലും നിന്നെ മുക്തമാക്കാൻ സാധിക്കും ഇപ്രകാരം പറഞ്ഞ് ഈ ഭാഗവും ഉപസമരിപ്പിക്കുന്നു പിന്നെ നാഭാകൻ എന്ന് പറയുന്ന ആ വംശത്തിലേക്ക് കടക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന കവി എന്ന് പറയുന്ന പുത്രന്റെ കഥ പറയുമ്പോൾ അച്ഛനെ ഓഹരിയായിട്ട് വച്ച് മക്കള് സ്ഥലമൊക്കെ ഓഹരി വെച്ചപ്പോ ഒരു പുത്രൻ ഓഹരി വെച്ചില്ല അയാൾ വിദ്യാർത്ഥിയായിട്ട് ഗുരുകുലത്തിലേക്ക് പോയ സമയം നോക്കിയിട്ടാണ് ഓരിവെച്ചത് ഓഹരി വെച്ചത് മകൻ തിരിച്ചു വന്നപ്പോൾ അനുജൻ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു എനിക്കുള്ള ഓഹരി പറഞ്ഞു നിന്നെ നിനക്ക് ഓഹരിയായിട്ട് വെച്ചിരിക്കുന്ന അച്ഛനെയാണെന്ന് നോക്കണേ അച്ഛനെ ആരെങ്കിലും ഓഹരി വയ്ക്കൂ ഉടൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ നിങ്ങളാണല്ലോ എന്റെ ഓഹരി എന്ന് ഉടൻ അച്ഛൻ പറഞ്ഞ മോനെ ആൾക്കാരെ ആരും ഓഹരി വയ്ക്കാറില്ല ഇനിയിപ്പൊ അങ്ങനെ ഒരു കാലം വരുമെന്ന് അറിയാൻ പറ്റില്ല ഏതായാലും അങ്ങനെ ഒരു സമ്പ്രദായമില്ല എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി ഇങ്ങനെ നോക്കി ഇങ്ങനെയാണല്ലോ ജ്യേഷ്ഠന്മാരെ പറഞ്ഞിരിക്കുന്നു അതിനെന്നെ കളിയാക്കിയതാണ് ഏതായാലും നീ ഒരു കാര്യം ചെയ്യൂ ഇവിടെ നിന്ന് കുറച്ച് ദൂരെ കുറെ പ്രധാനപ്പെട്ട വ്യക്തിക്കുകൾ പൂജാരികൾ ഒരു യാഗം ചെയ്യും അവർക്ക് ആറാമത്തെ ദിവസം ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാവില്ല അപ്പൊ നീ ആ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അവരെ സഹായിച്ചാൽ യാഗ അവശിഷ്ടങ്ങളൊക്കെ നിനക്ക് കിട്ടും അത് നിനക്ക് ജീവിക്കാൻ ധാരാളം മതിയാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു അവിടെ ചെന്നു പറഞ്ഞതുപോലെ സംഭവിച്ചു ആ മന്ത്രങ്ങളൊന്നും അവർക്ക് ഓർമ്മ അത് പറഞ്ഞു കൊടുത്തു ആ സമയത്ത് ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുട്ടിക്ക് കൊടുത്തപ്പോൾ ഒരു കറുത്ത രൂപത്തിലൊരാൾ വന്നിട്ട് പറഞ്ഞു കുട്ടി അതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ് ഒന്നെ കുട്ടി പറഞ്ഞു എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അങ്ങ് ആരാണെന്ന് ചോദിച്ചു ഞാൻ ആരായാലും അതെനിക്ക് അവകാശപ്പെട്ടതാണ് നീ അച്ഛനോട് പോയി ചോദിക്കൂ എന്ന് അപ്പൊ അവിടെ ചെന്നിട്ട് പറഞ്ഞു അച്ഛ കറുത്ത രൂപത്തിലൊരാൾ വന്നിട്ട് അതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതാരാണെന്ന് ഉടനെ പറഞ്ഞു ശരിയായിരിക്കാം അത് രുദ്രഭഗവാനാണ് യാഗത്തിൻ്റെ ശിഷ്ടം രുദ്രഭഗവാൻ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഓടി ഭഗവാന്റെ പാദത്തിൽ വീണ്ടും നമസ്കരിച്ചിട്ട് പറഞ്ഞു ഒരബദ്ധം പറ്റി എന്റെ അച്ഛൻ പറഞ്ഞു അങ്ങേക്ക് തന്നെയാണ് അവകാശപ്പെട്ടെന്ന് പറഞ്ഞപ്പോ ആരുദ്രഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞ് ആ കുട്ടിക്ക് അതെല്ലാം കൊടുത്തുവെന്ന് മാത്രമല്ല ജ്ഞാനോപദേശം ചെയ്ത് ആ കുട്ടിയെ ഉയർത്തിയെന്നാണ് അപ്പൊ നോക്കൂ ജീവിതത്തിൽ ഇതൊരു വലിയൊരു പാഠമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും വലിയ സമ്പത്തായിട്ട് നമ്മൾ കാണേണ്ടത് ഭഗവത് ഭക്തി തന്നെയാണ് ആ ഭക്തിയാണ് സമ്പത്തായി കാണുന്നതെങ്കിൽ നമുക്കൊരിക്കലും അതപ്പതനം വരില്ല എന്നിവിടെയൊക്കെ കാണിച്ചു തരികയാണ് നമ്മൾ ഉയരുക മാത്രമേ ഉള്ളൂ ഒരിക്കലും താഴില്ല ഭഗവാൻ നമ്മളെ ഉയർത്താനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കണ്ട് ഉയർത്തിയിരിക്കും അത്രയും നമുക്ക് ആ ബോധ്യം ഉണ്ടാവണം ഭഗവാനുള്ള ദൃഢമായ ശ്രദ്ധ അതുകൊണ്ട് ഗീതയിൽ പറയും ഭഗവാൻ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധയുള്ളവർക്ക് ഇത് കിട്ടും എന്നുള്ളതാണ് ആർക്കാണോ അല്പമെങ്കിലും സംശയമുള്ളത് സംശയാത്മാ വിനശ്യതി ഭക്തിയിൽ അൽപ്പം പോലും സംശയം തോന്നരുത് ദൃഢത വേണം ഇങ്ങനെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് ആ ബോധ്യത്തിൽ നമുക്ക് നല്ലവണ്ണം ജീവിക്കാൻ സാധിക്കണം ഞാൻ എന്തിനു സംശയിക്കണം ഭഗവാൻ വരുമോ തരുമോ കിട്ടില്ലേ നമ്മൾ പോകുന്നതേ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഭക്തിയിലൊക്കെ സംശയമാണുള്ളത് എന്ത് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുക ഭഗവാനെ സംഭവിക്കില്ലേ സംഭവിക്കില്ല എന്ന് ചോദിച്ചു എന്നുള്ള സംശയത്തിലാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഭഗവാൻ അനുഗ്രഹിക്കുന്നു വിചാരിക്കുന്നു ആ വിചാരിക്കുന്നു സംശയമാണ് വിചാരിക്കല്ല വേണ്ട സംഭവിക്കുന്നുവാണ് സംഭവിച്ചിരിക്കണം അതത്രയും ദൃഢത വേണമെന്ന് പറയാം പിന്നീട് അടുത്ത കഥയാണ് ഭാഗവതത്തിലെ അതിമനോഹരമായ മറ്റൊരു കഥ അംബരീഷ ചരിതം പറയുന്ന കഥ നാഭാക വംശത്തിലുണ്ടായ ചക്രവർത്തിയാണ് അംബരീഷൻ അദ്ദേഹം ഏഴ് ദ്വീപന്റെ അധിപനായിരുന്നു ഏഴ് ദ്വീപിന്റെ ചക്രവർത്തിയായിരുന്നു എണ്ണിയാൽ ഒടുങ്ങാത്തത്ര രത്നങ്ങളും ആഭരണങ്ങളും അദ്ദേഹത്തിന്റെ കൈവശത്തിലുണ്ടായിരുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ടും സാധാരണ മനുഷ്യന്മാർക്ക് കിട്ടാത്ത അതി ദുർബല ദുർലഭമായ സമ്പത്തൊക്കെ ഉണ്ടായിട്ടും ഭാഗവതം പറയുന്നു അതൊന്നും അദ്ദേഹം സമ്പത്തായി കണക്കാക്കിയില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് വാസുദേവേ ഭഗവതി വാസുദേവേ ഭഗവതി ഭാവം പരം വിശ്വം ലോഷ്ടവസ്മം ഭഗവാൻ വാസുദേവനും ഭക്തന്മാരും തന്നെയായിരുന്നു അങ്ങനെ ഭഗവത് ഭക്തിയിൽ നല്ലവണ്ണം ദൃഢമായി മനസ്സിനെ വെച്ചുകൊണ്ട് ആ പ്രേമത്തിൽ അദ്ദേഹം ജീവിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു സവൈ മനകൃഷ്ണപദാരവിന്ദയോന്ദ ഗുണാനുവർമ്മനെ കരോഹരേ മന്ദിരമാർച്ചാദിഷുതൽ തന്റെ മനസ്സിനെ കൊണ്ട് പ്രേമത്തോടുകൂടി ഭഗവാനെ സ്മരിക്കാൻ സമയം കണ്ടെത്തി കരങ്ങളെ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനദ്ദേഹം സമയം കണ്ടെത്തി ചെവിയിലൂടെ ഭഗവത് ശ്രവണം ചെയ്യാനദ്ദേഹം സമയം കണ്ടെത്തി അദ്ദേഹത്തിന് സമയമില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കൂടുതൽ ആളുകൾക്കൊന്ന് പതാ ഒരു പ്രശ്നം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സമയ രേഖപ്പെട്ടി ആ സമയം സമയമൊക്കെ ഓഫീസിലൊക്കെ പോയിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ എന്നാണ് പലതിനും സമയമില്ല ഏതാ സീരിയർ കാണാൻ സമയമുണ്ട് രാവിലെ പത്രം തിരിച്ചും മറിച്ചും വായിക്കാൻ മൂന്ന് വട്ടം വായിക്കാൻ സമയമുണ്ട് അങ്ങനെയൊക്കെയുള്ളതിൽ സമയമുണ്ട് ഇതിന് സമയമില്ല എന്നൊരാൾ പറഞ്ഞ നുണയാണ് ഏതായാലും അങ്ങനെയൊക്കെ നമ്മുടെ നാവുകൊണ്ട് പറയരുത് പിന്നെ ഭഗവാൻ നല്ലവണ്ണ സമയമുണ്ടാക്കി തരും എങ്ങനെ ബാത്റൂമിൽ ഒഴിച്ചിട്ട് എവിടെങ്കിലും ഒന്ന് വീണവിടെ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ പിന്നെ നമ്മൾ പറയും ഗുരുവായൂരപ്പ ഇപ്പൊ ഒരുപാട് സമയമുണ്ടല്ലോ ഒന്ന് ആ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വീട്ടിലോ കാലിങ്ങനെ തൂക്കിക്കൊണ്ട് മേലോട്ട് നോക്കി കിടക്കുമ്പോൾ പിന്നെ സമയം നമുക്ക് ധാരാളം കിട്ടും അതുകൊണ്ട് അറിയാതെ എങ്കിലും പറഞ്ഞു പോകരുത് ഈശ്വര ആ സമയമില്ലല്ലോ എന്നുള്ളത് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് സമയം കിട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരാൾ നമ്മളോട് പറയാറുണ്ട് ഒന്നും സമയമില്ല ആ സമയമില്ല എന്ന് എനിക്കുണ്ടല്ലോ സമയം ഇതൊക്കെ കേൾക്കണമെന്നുണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ ലീവ് എടുത്തിട്ട് കേൾക്കാമെന്ന് അടുത്ത പ്രാവശ്യം വേണ്ടി ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആക്സിഡന്റ് പറ്റിയിട്ട് ആൾ കിടക്കണം അവ വിളിച്ചു പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ട് കിടക്കുകയാണ് ഞാൻ കിടക്കാൻ സമയം ചോദിച്ചു അല്ല പിന്നെന്താ ചോദിക്കാനുള്ളത് അങ്ങനെ കിടന്ന കിടപ്പിൽ ഒരു മാസമേള കിടത്തി പറയാണ് അതുകൊണ്ട് നാവുകൊണ്ട് അറിയാതെങ്കിലും പറഞ്ഞു കൊടുത്ത് ഭഗവാനെ എനിക്ക് സമയമില്ലല്ലോ എന്ന് ഭഗവാൻ കണ്ടെത്തി വേണ്ടത്ര സമയം പിന്നെ ആ സമയം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള പ്രശ്നമായിരിക്കും ബാക്കിയുള്ള കാര്യം ഏതായാലും ഇങ്ങനെ അദ്ദേഹം സമയം കണ്ടെത്തി എന്നിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഭഗവാനെ ഭജിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും പൂജാമുറിയിലിരുന്ന് ഭജിച്ചോ ഇല്ല അദ്ദേഹത്തിന്റെ ഭജനം പറയാണ് സഹിത്തം ഭക്തിയോഗേന ുക്തേന സ്വധർമ്മേണ ഹരിം പ്രീണൻ സർവാൻ സംഘാൻ ശനൈജോ അദ്ദേഹം സ്വധർമ്മേണ ഹരിം പ്രീനൻ അദ്ദേഹം എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലൂടെ ഭഗവാനെ ഭജിച്ചു നാം ഭാര്യയെ സ്നേഹിക്കുമ്പോ മക്കളെ സ്നേഹിക്കുമ്പോ ഭർ അതുപോലെ ഭർത്താവിന്റെ ധർമ്മം അനുഷ്ഠിക്കുമ്പോ രാജാവിന്റെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ചെയ്തു വെച്ചാൽ ഭഗവത് പ്രേമത്തിലൂനിക്കൊണ്ട് അദ്ദേഹം തന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം ഒരു വ്രതം നോറ്റു ദ്വാദശീ അങ്ങനെ ആ വ്രതം നോറ്റ് അദ്ദേഹം ഉപസംഹരിപ്പിക്കാൻ ധാരണ ചെയ്ത് ഉപസംഹരിപ്പിക്കാൻ നിശ്ചയിക്കുമ്പോഴാണ് ദുർവാസാവ് മഹാഷി കയറി അപ്പൊ എന്താ വ്രതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപവാസത്തെക്കുറിച്ച് പറയുകയാണ് ഏകാദശി വ്രതം അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള വ്രതങ്ങൾ നോൽക്കുന്ന ഒരാളല്ലോ നമ്മൾ ഭൂരിപക്ഷ ഈ കാര്യവും ഒന്ന് എടുത്തു പറയണം കാരണം പലരും ഇതൊക്കെ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത് ഏകാദശി അതുപോലെ ഉപവാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ മലയാളികൾക്കൊരു ധാരണയുണ്ട് അല്ലെങ്കിൽ ഈ ഇങ്ങനെയൊക്കെ ജീവി വ്രതം എടുക്കുന്ന ആളുകൾക്കൊരു ധാരണയുണ്ട് അന്ന് ഗോതമ്പിന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏകാദശി വ്രതമാകുന്നു അതുപോലെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏകാദശി വ്രതമാവുന്നു അത് വാസ്തവത്തിൽ തെറ്റാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ഒരു കാലഘട്ടത്തിൽ ഇവിടെ അരിഭക്ഷണം മാത്രമേ ആയിരുന്നുള്ളൂ ഗോതമ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചേഞ്ച് ഭക്ഷണത്തിൽ ആവശ്യമുണ്ട് നമ്മുടെ പൂർവീകന്മാർ മനസ്സിലാക്കിയിണ്ടാവും രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നോക്കൂ അവർ ഗോതമ്പല്ല കഴിക്കുക അവർ അരിഭക്ഷ സാബുദാൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതാ നോർത്ത് ഇന്ത്യയിലൊക്കെ അതാണ് പ്രധാനമായിട്ട് അവർ കഴിക്കുക അപ്പൊ അവർക്കതും നമുക്ക് ഇതും പറഞ്ഞിരിക്കുന്നത് അന്ന് ഗോതമ്പ് വളരെ റയറായിരുന്നു ഇന്ന് ദിവസവും ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഗോതമ്പ് കഴിക്കാത്ത ദിവസമില്ലേ നമ്മൾ എന്നിട്ട് നമ്മൾ ഏകാദശി ദിവസം ഗോതമ്പ് കഴിച്ചാൽ ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞ മോശമല്ലേ അത് അപ്പൊ ഏകാദശി ഇരിക്കുന്നത് ഉപവാസം എന്ന് അതിനെ ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപ്പുമാവ്വാസം എന്നല്ല എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപ്പുമാവ് കഴിച്ചിട്ട് േകാദശി എന്ന് പറയുന്നത് തോതിവാസാണത് അത് ഏകാദശി എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല പിന്നെ എന്താണ് ഉപവാസം എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാതിരിക്കലാണ് ഉപവാസം വെള്ളം പോലും വാസവത്തിൽ വെള്ളം പോലും കുടിക്കരുത് വെള്ളം കുടിച്ചോളൂ കുഴപ്പമില്ല എന്നിട്ട് എന്ത് ഏകാദശി ഏകാദശി എന്ന് പറഞ്ഞാൽ ഏകമായ തത്വത്തെ ഇന്ദ്രിയങ്ങൾ ദശ ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് സ്മരണം ചെയ്യലാണ് അതായത് മറ്റുള്ള ഇന്ദ്രിയ വ്യാപാരങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അന്ന് പൂർണ്ണ പ്രേമത്തോടുകൂടി ഭഗവാനെ സ്മരിക്കേണ്ട ദിവസത്തെയാണ് ഏകാദശി എന്ന് പറയാം അതൊരു മനസ്സിനുള്ള ട്രെയിനിങ് ആണ് ഒന്നും കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് മാത്രമല്ല ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും വേണ്ടാത്തതൊന്നും ഉള്ളിലേക്ക് കഴിക്കാതെ എന്നിട്ട് ഭഗവാനെ സ്മരിക്കാൻ ഒരു ദിവസം തെരഞ്ഞെടുക്കുമ്പോൾ എന്താ അതിൽ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം ഉള്ളിൽ എപ്പോഴും ശാന്തി സമാധാനം സ്വസ്ഥത ഇതൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടെന്ന് അത് നമുക്ക് കണ്ടെത്താനും അറിയാനും അനുഭവിക്കാനും അങ്ങനെയുള്ള അഭ്യാസങ്ങളിലൂടെ സാധിക്കുമെന്ന് പൂർവികന്മാര് കണ്ടെത്തിയിട്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വ്രതങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷെ നമ്മളതൊക്കെ മറന്നിട്ട് അന്ന് നാവുകൊണ്ട് കുറെ ഗോതമ്പ് വഴിക്കും പിന്നെ കണ്ണുകൊണ്ട് കുറെ ടി കാണും ഇങ്ങനെയൊക്കെ കുറെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഏകാദശി ഗോതമ്പിലൂടെ ഈശ്വരം നമ്മൾ അനുഗ്രഹിക്കാൻ പോകുന്നില്ല മനസ്സിലായില്ലേ പണ്ടൊരു കൊരങ്ങൻ ഏകാദശി തൊട്ടൊരു കഥ കേൾക്കാറുണ്ട് കുരങ്ങന് ഏകാദശി നോൽക്കണമെന്നൊരു മോഹം അപ്പൊ അദ്ദേഹം ഇങ്ങനെ കുരങ്ങൻ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് ഏകാദശി നോൽക്കുക നോൽക്കുന്നതിന് മുമ്പ് മനസ്സിലൊരു ചിന്ത ഞാൻ ഇന്ന് മുഴുവൻ പട്ടിണി കിടന്ന് ഏകാദശി നോറ്റാൽ വൈകുന്നേരം എണീക്കുമ്പം എനിക്ക് ശക്തിയില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക പഴമൊന്നും കഴിക്കാനുള്ള ശക്തിയില്ലെങ്കിൽ ഞാൻ തളർന്നു പോയില്ലേ മരിച്ചു പോയില്ലേ ഒരു കാര്യം ചെയ്യാം എവിടെന്നെങ്കിൽ ഇത്തിരി പഴം അടുത്തു കൊണ്ടുവച്ചിട്ട് മതി ഏകാദശി നോൽക്കൽ വേഗം എവിടേക്കോ ചാടിപ്പോയി അടുത്ത പറമ്പുന്നൊരു കൊല പഴമൊക്കെ എടുത്തുകൊണ്ടുവന്ന് അടുത്ത് കൊണ്ടുവച്ചിട്ട് കണ്ണടസ് ധ്യാനം ചെയ്യാൻ നിശ്ചയിച്ചു അങ്ങനെ ഏകാദശി നോക്കാൻ നിശ്ചയിക്കുന്ന സമയത്ത് അടുത്ത ചോദ്യം വരികയാണ് ഞാനിങ്ങനെ കണ്ണടസ് ഇവിടെ ധ്യാനിക്കുമ്പോൾ വേറെ വല്ല പഹൈമാരം എടുത്തു കഴിക്കില്ലേ അവരിപ്പോ കട്ടുകൊണ്ടുപോയില്ല എന്നുള്ള എന്താ ഉറപ്പ് ഏതായാലും അതിനെ ഗുഹയിൽ കൊണ്ടോളിപ്പിച്ചു വെച്ചു എന്നിട്ട് തുടങ്ങി ധ്യാനം അപ്പൊ അടുത്ത ചിന്ത വരികയാണ് ഈശ്വര ഞാനിങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ ഏകാദശിയൊക്കെ നോട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എണീക്കാൻ പറ്റിയില്ലെങ്കിലോ അപ്പൊ ആ ഗുഹ വരെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും അത് തട്ടിക്കൊണ്ടുപോകില്ലേ അത് വീണ്ടും അടുത്ത് തന്നെ കൊണ്ടുവച്ചു വീണ്ടും അടുത്ത ചിന്ത അല്ല ഞാൻ എണീറ്റിട്ട് എനിക്ക് കൈ കൊണ്ട് അതിൻ്റെ പൊളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ കൈ തളർന്നിട്ടുണ്ടെങ്കിലോ ഒരു കാര്യം ഞാൻ പൊളിച്ചിട്ട് വെക്കുകയാണ് തോലെല്ലാം പൊളിച്ചെടുത്ത് വെച്ചു പിന്നെ അടുത്ത ചിന്ത ഞാനിങ്ങനെയൊക്കെ തപസ് ചെയ്തിട്ട് വൈകുന്നേരം എണീക്കുന്ന സമയത്ത് ആ പഴം എടുത്തിട്ട് എൻ്റെ വായയിലേക്ക് വയ്ക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലോ ഒരു കാര്യം ചെയ്യപ്പോഴേ കഴിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുക എന്ന് പിന്നെ അതങ്ങോട്ട് നിറയെ കഴിച്ച് പിന്നെ ഓ ആ കിടക്കണമാണ് എന്താ ഏകാദശിയാണത്രേ ഇതുപോലെ നമ്മൾ മൂക്കറ്റം ഭക്ഷണം കഴിച്ചിട്ട് രാ രാവിലെ തന്നെ കൂർക്കം വലിച്ചു ഉറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഏകാദശി നല്ല വിളിക്കുക തോന്നി വാസീന്നാണ് വിളിക്കുക അതുകൊണ്ട് അങ്ങനെയാ തോൽക്കരുത് പിന്നെന്താണ് ഒന്നും കഴിക്കാതെ അന്ന് നമ്മളിൽ തന്നെ സുഖവും സന്തോഷവും ഉണ്ടെന്നൊക്കെ കണ്ടെത്തണ്ട ദിവസമാണ് ഈ വ്രതങ്ങളൊക്കെ ഏതായാലും രാജാവ് നോറ്റു അദ്ദേഹം ഉപസമരിപ്പിക്കാൻ നിശ്ചയിക്കുമ്പോൾ ദ്രവാസൗമാഷി കയറി വരുന്നു ദ്രുവാസൗമാഷി കണ്ടതും കാലൊക്കെ കഴുകി ഭക്തിയാദരോട് സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിന് വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്തിട്ട് ഭിക്ഷ സ്വീകരിക്കാൻ പറഞ്ഞു ഞാൻ സന്ധ്യാവന്തനം കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ എന്നാ പോർത്തുമുണ്ടൊക്കെ എടുത്തു കൊടുത്തു അവിടുന്ന് കുളിച്ചിട്ട് വരികയെന്ന് സന്ധ്യാവന്തനത്തിന് വേണ്ടി കാളിന്തിയിലിറങ്ങി അതൊക്കെ കഴിഞ്ഞ് ധ്യാനം ചെയ്യുമ്പോൾ ധ്യാനത്തിൽ ലയിച്ചു പോയി അദ്ദേഹം തിരിച്ചു വരാൻ പറ്റിയില്ല ഇവിടെ പാരണ ചെയ്ത് ഉപസംഭരിപ്പിക്കേണ്ട സമയവുമായി രാജാവ് പണ്ഡിതന്മാരോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് അവർ പറഞ്ഞു വിഷമമല്ലേ രാജൻ ഭക്ഷണമെന്ന് കഴിക്കേണ്ട തീർത്തെടുത്ത് കഴിച്ചാൽ മതി തുളസയൊക്കെ ഇട്ട് ഇത്തിരി തീർത്ഥം കഴിക്കുമ്പോഴാണ് ദുർവാസവമാഷി കയറി വരുന്നത് ദുർവാസവമാഷി എന്ത് കരുതി ഇദ്ദേഹം മൂക്കറ്റം ഭക്ഷണം കഴിച്ചിട്ട് കൈയഴുകയാണെന്ന് കൊടുത്തൊരു ശാപം പോലെ വാക്കുകൾ നീ എന്താ ഭക്തനാണോ ഇങ്ങനെയാണോ അതിഥിയെ നിന്നിക്കുക ഇങ്ങനെയാണോ അതിഥികളോട് പെരുമാറുക സ്വയം ഭക്ഷണം കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് തന്റെ ജടയടുത്ത് നിലത്തൊരൊറ്റടി അതിൽ നിന്നും ഭീക ഭീമാകാരമായിട്ട് ബീബത്സമായിട്ട് രൂപം വന്നു അതിന് കൃത്യക പേരിട്ടു അത് രാജാവിന്റെ നേരെ വാളു മൂങ്ങിക്കൊണ്ട് കൊല്ലാനെടുത്തപ്പോ രാജാവ് നിന്ന നിൽപ്പിൽ നിന്ന് ഇളകിയില്ല പറയുന്നത് അവിടെ തന്നെ ഉറച്ചു കാരണം താൻ തെറ്റൊന്നും ചെയ്തില്ല പിന്നെന്തിനു പേടിക്കണം അങ്ങനെ നിന്ന സമയത്ത് ഭഗവാൻ തന്റെ വാക്കുകൾ സത്യമാക്കി തീർക്കാൻ സാധിപ്പിക്കാൻ അവിടേക്ക് സുദർശനമൂർത്തി പറഞ്ഞയക്കണോ ആ സുദർശന മൂർത്തി കൃത്രികയുടെ തല ഇറക്കണു കഴിഞ്ഞിട്ട് ദുർവാസാവ് നോക്കുമ്പോണ്ട് ഈ സുദർശന ചക്രം തന്റെ നേരെ തിരിച്ചു വരുന്നു നോക്കി ഇത് പോവാനുള്ള വഴിയാണോ അതോ തൻ്റെ നേരെ തൻ്റെ കല തല എടുത്ത് കളയാനുള്ള വഴിയാണോ നോക്കുമ്പോൾ തൻ്റെ തലയ്ക്ക് നേരെയാണ് വരുന്നത് പിന്നെ ആലോചിച്ചില്ല അവിടുന്ന് മുണ്ടെല്ലാം മുറുക്കിയെടുത്ത് ഓടാൻ തുടങ്ങി ആദ്യം തന്നെ ഓടി എത്തിയത് ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ് ബ്രഹ്മാവ് പിന്നെ എപ്പോഴും പോലെ ഉണർന്നിരിക്കും ഉറങ്ങാത്ത ആളാണ് അയാൾ ബ്രഹ്മാവ് ചോദിച്ചു എന്താ ദുർവാസാവേ ഈ വഴിക്കൊക്കെ കാണാറൊന്നുമില്ലല്ലോ എന്തൊരു വിശേഷമുള്ളതുപോലെ പറഞ്ഞു ഇപ്പം ആകെ വിശേഷത്തിൽ ആ പുറകിലേക്കൊന്ന് നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞു ഓ ഭഗവാന്റെ സുദർശന ചക്രം അങ്ങേക്ക് തന്നതല്ല കൊണ്ടുപോകാൻ ഹൈ എന്താ കൊണ്ടുപോകണത് എന്റെ തലയ്ക്ക് നേരെയാണല്ലോ വരുന്നത് അവിടുന്ന് ഒന്ന് അത് ഉപസംവരിപ്പിച്ച് തരണം ഇങ്ങനെ ഒരു ഒന്നും ചോദിക്കേണ്ട അത് പറയുമ്പോഴേക്ക് തല പോകുന്നു തീർത്തു തരണം പറഞ്ഞു അയ്യോ ബ്രഹ്മ ദുർവാസാവേ അതിന്റെ നിയന്ത്രണം എന്റെ കയ്യിലല്ലോ അങ്ങ് ശിവന്റെ വലിയ ഭക്തനല്ലേ എന്ന് ശിവന്റെ പുത്രൻ കൂടിയല്ലേ അങ്ങോട്ട് ഓടിച്ചല്ലോ അങ്ങനെ ദുർവാസാവ് മഹർഷി കൈലാസത്തിലേക്ക് എത്തി കൈലാസത്തിൽ പോയ ഒരു ബുദ്ധിമുട്ട് കാര്യ അച്ഛനൊക്കെയാണ് ശിവൻ പക്ഷെ അങ്ങനെപ്പോഴും ധ്യാനത്തിലാണ് കാലൊന്നും കുലുക്കി വിളിക്കാൻ പറ്റില്ല കയ്യൊന്നും കുലുക്കി വിളിക്കാൻ പറ്റില്ല കാരണം കണ്ണു തുറന്നാൽ ചിലപ്പോൾ മൂന്നാമത്തെ കണ്ണായ അപകടത്തിലായി അതുകൊണ്ട് കണ്ണു തുറന്ന സമയത്ത് വല്ലതും പറയാൻ പറ്റുള്ളൂ ചെന്ന് വീണതും ഭഗവാനത ഒന്ന് നോക്കി സന്തോഷമായി നല്ല രീതിയിലായിരിക്കുന്നത് വേഗം ചെന്ന് വീണോ നമസ്കരിച്ചു ഉടനെ ചോദിച്ചു എന്താ ദുർവാസാവ് വഴിക്കൊന്നും വരാറില്ലല്ലോ എന്ത് പറ്റി ഇന്ന് പ്രത്യേകിച്ചൊരു വിശേഷമൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ക്ഷണിക്കാനോ മറ്റോക്കെയാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാനെ ഒന്നും പറയേണ്ട തലയും കൊണ്ട് പോകാനിത് ദുർവാ ഉച്ചകർശന ചക്രം വരുന്നു ഹൈ എന്ത് അങ്ങ് ഭഗവാനോട് വല്ല കലഹത്തിന് പോയോ ഒന്നും പറയേണ്ട അതെടുത്തൊന്ന് കളഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കൂന്നല്ലെങ്കിൽ അതിന് മുമ്പ് പറയുന്നതിന് മുമ്പ് എന്റെ തലയും കൊണ്ടാവാൻ പോകുന്നു ഉടനെ പറഞ്ഞ ദുർവാസാവേ അതിൻ്റെ നിയന്ത്രണ എന്റെ കയ്യിലില്ലല്ലോ എന്ന് വേഗം പറഞ്ഞത് നന്നായി ഞാനീ പെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞു അതേതൊരു ഭഗവാന്റെ അണിച്ചാൽ അങ്ങോട്ട് തന്നെ പോകണം അല്ലാതെപ്പോ എവിടെയാ പോകേണ്ടത് പിന്നെ ആലോചിച്ചില്ല നേരെ വിട്ടു വൈകുണ്ടത്തിലേക്ക് അവിടെ പോയ ഒരു പ്രത്യേകത എപ്പോഴും ഭഗവാൻ അവിടെ കിടപ്പായിരിക്കും ഭഗവാൻ എങ്ങോട്ടും പോവാനില്ല രണ്ടാമത്തെ കാര്യം കണ്ണു ഓർന്നേ ഭഗവാൻ കിടക്കുള്ളൂ കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് കാണില്ലേ നാരായണമൂർത്തി കിടക്കണത് ചെന്നു വീണു നമസ്കരിച്ചു ഉടനെ ഭഗവാൻ ചാടിയിട്ടു എന്താ ദുർവാസാവേ ഈ വഴിക്കൊന്നും വരാറില്ലല്ലോ എന്തൊക്കെയാ വിശേഷം എന്ന് ഉടനെ പറഞ്ഞു ഭഗവാനെ ഞാൻ ആകെ വിശേഷത്തിലാണെന്ന് അതെന്ത് അങ്ങയുടെ കയ്യിലൊരു ചക്രല്ലേ അതെ അതിപ്പോൾ കുറേ ദിവസം അവിടെ ഇല്ലല്ലോ ഒന്ന് ഇല്ല അതിപ്പോൾ കുറേ ദിവസം എൻ്റെ പുറകിലായിട്ട് അതുകൊണ്ട് എത്രയും വേഗം അതവിടുന്ന് എടുത്തിട്ട് ആ കയ്യിലേക്ക് വെച്ചാൽ അടിയന് സമാധാനം കിട്ടുന്നു ഉടനെ ഭഗവാൻ പറഞ്ഞു എൻ്റെ ദുർവാസാവേ അതിൻ്റെ നിയന്ത്രണം എനിക്കും ഇല്ലാന്ന് ഭഗവാനെ ഇനി പാരുടെ അതിൻ്റെ നിയന്ത്രണം ഉണ്ടത്തെന്ന് വേഗം ഓടിക്കോളൂ അത് ആർക്കാണ് നിയന്ത്രിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അതിൻ്റെ മുകളിൽ നിയന്ത്രണമുള്ളൂ ഏതൊരു ഭക്തനെയാണോ അങ്ങ് വേദനിപ്പിച്ചത് അങ്ങോട്ട് തന്നെ ഓടിക്കൊള്ളൂ എന്ന് പിന്നെ ആലോചിച്ചില്ല അംബരീഷന്റെ ഇടത്തേക്ക് ഓടാൻ തുടങ്ങി അവിടെയാണെങ്കിലോ വെറും വെള്ളം കുടിച്ചുകൊണ്ട് അംബരീഷൻ കാത്തിരുന്നു എന്നാണ് വീണു ദുർവാസവ അങ്ങനെ ആ ദുർവാസവ പറയാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭക്തന്റെ മഹത്വം എന്ന് പറയുന്നത് അങ്ങനെ ആ ദുർവാസവ മഹർഷി അംബരീഷന്റെ മഹത്വം നമുക്ക് കാണിച്ചു തന്ന് ഭക്തിയുടെ മഹത്വം നമുക്ക് കാണിച്ചു തന്ന് അവിടെ നിന്നും പോയി എന്നാണ് ഇവിടെ ഭഗവാൻ പറയും ആരാണെന്റെ ഭക്തൻ എന്നത് നിർവചിക്കും ഭഗവാൻ ഏതാരകാരപുത്രാപ്താൻ വിത്തമിനം പരം ഹിത്വാമാം ശരണം ആരാണോ ഭാര്യയും മക്കളും ഭർത്താവും ഇതൊക്കെ ഉണ്ടായിട്ടും മാം ഏവ ശരണം യാത എന്നെ പൂർണ്ണ പ്രേമത്തോടെ സ്മരിക്കുന്നത് കഥം തെത്തും ഞാൻ എങ്ങനെയോ അവർ ഉപേക്ഷിക്കുക എന്നാണ് ഭഗവാൻ അവർ ഉപേക്ഷിക്കില്ല എന്നാണ് അപ്പൊ ആരെയാണ് ഭഗവാൻ ആരാണോ എല്ലാം ഇരിക്കുമ്പോഴും ഭഗവാൻ മാത്രമാണ് ശരിയായ എപ്പോഴും യഥാർത്ഥത്തിൽ കൂടെയുള്ളത് യഥാർത്ഥ സമ്പത്തെന്ന പ്രേമത്തിലേക്ക് മനസ്സിനെ ഉയർത്തുന്നത് അവരേ ഭഗവാൻ കൈവിടിയില്ലാൻ ഭഗവാൻ പറയുന്നു സാധം ഹൃദയം മഹ്യം സാധൂനാ ഹൃദയം തൊഹം മതന്യത് തേന നാഹം തേമനാഗതി സാധുക്കളുടെ ഹൃദയം ഞാനാകുന്നു എന്റെ ഹൃദയം സാധുജനങ്ങളാവുന്നു എന്ന് വെച്ചാൽ എന്റെ ഭക്തന്മാരും ഞാനും ഒന്നാകുന്നു ഭക്തനെ നിന്ദിച്ചാൽ എന്നെ നിന്ദിക്കുന്നതിന് തുല്യമാണ് ഇന്നലെ കപില മഹർഷി പറഞ്ഞല്ലോ അമ്മയോട് ഒരു പരകായത്തിലിരിക്കുന്ന മറ്റൊരാളെ നമ്മൾ ചീത്ത പറയുമ്പോൾ എന്നെ തന്നെയാണ് അമ്മയെ ദുഷിക്കുന്നതെന്ന് ദ്വേഷിക്കുന്നതെന്ന് ഇപ്രകാരം നമ്മളോരോരുത്തരും ഈശ്വരൻ പറയുന്നത് ഒരു അമ്പലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വൈഭവമല്ല ശക്തിയല്ല എല്ലാവരിലും ഇരിക്കുന്ന ശക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹം കൊടുത്തും സ്നേഹിച്ചും നന്മ ചെയ്തും ഒക്കെ മുന്നോട്ട് പോവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈശ്വരൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കും ആ ഭഗവത് പ്രേമത്തിലൂന്നി നന്മ ചെയ്യാനുള്ളൊരു മനസ്സ് ഉണർന്ന് ഉയർന്ന് ഉത്സാഹത്തോട് ജീവിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ അന്ധവിശ്വാസത്തിൽ നിന്നും മനസ്സിനെ യഥാർത്ഥമായ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതുതന്നെയാണ് ജീവിതത്തിന്റെ പരമഭാഗ്യം എന്ന് പറഞ്ഞ് ഇവിടെ ഉപസംഭരിപ്പിക്കുകയാണ് ചായയ്ക്ക് അല്പനേരം വൈകിയതിൽ ക്ഷമിക്കുക സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ്